Brahma, Vishnu, ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദിവോ മഹേശ്വര ഗുരുസക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ഓ സദാശിവസമാരംഭം ശങ്കചാര്യ മധ്യമാം അസ്മദാചാര്യന്തം വന്ദേ കർമ്മത്തെ കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവർ എന്താണ് കർമ്മം എന്തുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യണം ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ച് എങ്ങനെ സംസ്കാരങ്ങളും വാസനകളും ഉണ്ടാവും തദ്വാര എങ്ങനെ കർമ്മബദ്ധരായി തീരും ഈ കർമ്മബന്ധനത്തിൽ നിന്ന് ഒഴിവാവാനുള്ള മാർഗം എന്താണ് കർമ്മം ഫലം ഇവ തമ്മിലുള്ള ബന്ധം എന്ത് എന്തുകൊണ്ട് കർമ്മസംബന്ധിയായ മമത്വം അർത്ഥരഹിതമാണ് കർമ്മങ്ങളോട് ചേർന്നുള്ള മമത്വസംഘത്തെ നമുക്ക് എങ്ങനെ ജയിക്കാം ഏതൊരു മേഖലയിലായാലും കർമ്മ വിജയം നമ്മുടെ നമ്മുടെ മേഖലകളിലുള്ള വിജയം എങ്ങനെ നമുക്ക് ഉറപ്പ് വരുത്താം ഇങ്ങനെയുള്ള വിഷയങ്ങൾ ക്രമമായിട്ടല്ല പലയിടത്തുനിന്ന് നമ്മൾ ചിന്തിച്ചു ഇതുതന്നെ വളരെ വിസ്തൃതമായി മാസങ്ങളോളം ഒത്തുചേർന്ന് ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമാണ് ഈ സമയപരിധിക്കുള്ളിൽ ഒതുക്കേണ്ടതു വളരെ സംക്ഷിപ്തമായിട്ടാണ് പറയുന്നത് ഏതായാലും കർമ്മത്തിൻ്റെ വിജയത്തിന പ്രധാനമായി ശ്രദ്ധിക്കേണ്ടുന്ന അഞ്ച് ഘടകങ്ങളെ ഇന്നലെ നമ്മൾ വിശദമായി ഏറെ വിശദമായതല്ല എങ്കിൽ പോലും ചിന്തിച്ചു എല്ലാ കർമ്മങ്ങളിലും അത് ഓർമ്മിക്കുക ഏത് കർമ്മമായാലും അധിഷ്ഠാനം കർത്താവ് കരണം ചേഷ്ടകൾ പിന്നെ ദൈവം ഈ അഞ്ചും ചേർന്നിട്ടാണ് ഒരു കർമ്മ ഫലത്തെ ഉണ്ടാക്കി തീർക്കുന്നത് കർമ്മഫലത്തെ ഉണ്ടാക്കുന്നതിൽ ഈ അഞ്ച് ഘടകങ്ങളുണ്ട് പലപ്പോഴും ഇത് നമ്മൾ മനസ്സിലാക്കാതെ ഏതെങ്കിലും ഒന്നിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നു അതുകൊണ്ട് തന്നെ സമയക്കായി കർമ്മത്തെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധേയമാണ് ഈ അഞ്ച് ഘടകങ്ങൾ അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞോ ഹേ അർജുന ഏതൊരു കർമ്മത്തിൻ്റെയും സിദ്ധിയിൽ അഞ്ച് കാരണങ്ങളുണ്ട് പഞ്ചേമാനി മഹാബാഹോ ി നിബോധമേ സംഖ്യ കൃതാന്തോ സിദ്ധയെ സർവകർമ്മ സർവകർമ്മ സിദ്ധയെ സർവകർമ്മങ്ങളുടെയും സിദ്ധിക്കായിക്കൊണ്ട് സർവകർമ്മങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഭഗവാൻ സർവകർമ്മ എന്ന് പറഞ്ഞത് സർവകർമ്മണം എന്ന് പറഞ്ഞാൽ ൗകികങ്ങളും വൈദികങ്ങളും കേവലം വൈദിക കർമ്മത്തെ സംബന്ധിച്ച് മാത്രമായിരുന്നു ഉദ്ദേശിച്ചതെങ്കിൽ സർവകർമ്മം എന്ന് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അതുപോലെ കേവലം ലൗകികത്തെ മാത്രം ഉദ്ദേശിച്ചാണെങ്കിലും സർവകർമ്മണം എന്ന് പറയേണ്ടതില്ലായിരുന്നു എന്നാൽ ഭഗവാൻ പറഞ്ഞത് സർവകർമ്മണാമെന്നാണ് സിദ്ധയെ സർവകർമ്മ സർവകർമ്മങ്ങളുടെയും സിദ്ധിക്കായിക്കൊണ്ട് ഫലസിദ്ധിക്കായിക്കൊണ്ട് ഫലപ്രാപ്തിക്കായിക്കൊണ്ട് പഞ്ചേമാനി മഹാബാഹു കാരണാലെ ഇമാനി പഞ്ച കാരണാലെ ഈ അഞ്ച് കാരണങ്ങളുണ്ട് ഇത് ഞാനായിട്ട് പറയുന്നതല്ല സാങ്കേക്ത സാഖ്യത്തിലും വേദാന്തത്തിലും ഒക്കെ പറയുന്നതാണ് സാഖ്യന്മാരും വേദാന്തികളും എല്ലാം അംഗീകരിക്കുന്നതാണ് അതുകൊണ്ട് നീ അവയെ എന്നിൽ നിന്ന് മനസ്സിലാക്കൂ ഇവിടെ സർവകർമ്മ ഇതാണെന്ന് ശ്രദ്ധിക്കാൻ ഉദ്ദേശിച്ചത് ലൗകികങ്ങളും വൈദികങ്ങളും വേദവിഹിതങ്ങളാണ് വൈദികങ്ങൾ ലോകസിദ്ധങ്ങളാണ് ലൗകികങ്ങൾ ലോകവിഹിതം എന്നാരും പറയില്ല ലൗകികകർമ്മങ്ങൾ ലോകസിദ്ധങ്ങളാണ് ലോകവിഹിതം എന്ന് പറയരുത് ലോകസിദ്ധം വൈദികം എന്ന് പറഞ്ഞാൽ വേദവിഹിതം വേദത്താൽ വൈദികശാസ്ത്രങ്ങളാൽ വിധിക്കപ്പെട്ടതാണ് വൈദിക കർമ്മങ്ങൾ ചെയ്യണം എന്ന് വിധിക്കപ്പെട്ടത് നിത്യകർമ്മങ്ങൾ നിത്യവും നമ്മൾ അനുഷ്ഠിക്കണം എന്ന് നിർബന്ധമുള്ള കർമ്മങ്ങൾ നിത്യകർമ്മങ്ങൾ പഞ്ച മഹായജ്ഞങ്ങളൊക്കെ ഉദാഹരണങ്ങളാണ് കർമ്മങ്ങൾ നിമിത്തവശാൽ ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ എന്തെങ്കിലും കാമനാപ്രാപ്തിക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ പ്രായശ്ചിത്ത കർമ്മങ്ങൾ വിധിക്കപ്പെട്ടത് ചെയ്യാതിരുന്നാലോ നിഷേധിക്കപ്പെട്ടത് ചെയ്താലോ ഉണ്ടാവുന്ന പാപം പരിഹരിക്കുന്നതിന് ചെയ്യുന്നവയാണ് പ്രായശ്ചിത്ത കർമ്മങ്ങൾ ഇവയാണ് പൊതുവെ വൈദിക കർമ്മങ്ങൾ വേദവിഹിതങ്ങൾ എന്നുകൂടി പറയാം നിത്യവും നൈമിത്തികവും കാമ്യവും പ്രായശ്ചിത്തവും വൈദികങ്ങൾ വേദവിഹിതങ്ങള് പിന്നെ ലൗകികങ്ങൾ ലൗകികങ്ങൾ ലോകസിദ്ധങ്ങൾ ലോകസിദ്ധങ്ങളാണ് ലൗകികം ലോകത്തിൻ്റെ സാമാന്യ രീതിക്കനുസരിച്ച് സിദ്ധമാകുന്നത് അതാരും വിധിക്കുന്നതല്ല ലോകസിദ്ധമായിട്ട് നടന്നു പോകുന്നു ഒരാൾ വീഴുന്നു നമ്മൾ കുട്ടിക്കുകയാണ് അതായത് വിധിച്ചിട്ടല്ല സഞ്ചരിക്കുന്നു വഴിയിലൊരാൾ രോഗമായി കിടക്കുകയാണ് ഉടനെ അദ്ദേഹത്തെ സേവിക്കാൻ വേണ്ടി നമ്മൾ നിർത്തി അദ്ദേഹത്തെ സേവിക്കുന്നു അത് വിധിച്ചിട്ടല്ല അത് മാനുഷികതയാണ് മനുഷ്യത്വമാണ് അത് ലോകസിദ്ധമാണ് ഇങ്ങനെ ലോകസിദ്ധങ്ങളും വേദവിഹിതങ്ങളുമായി നമ്മൾ ചെയ്യുന്ന സർവകർമ്മങ്ങളെയും ഉൾക്കൊള്ളിക്കാനാണ് പറയുന്നത് സർവകർമ്മണം എല്ലാ കർമ്മങ്ങളുടെയും ഫലസിദ്ധിക്ക് അഞ്ച് കാരണങ്ങളുണ്ട് അവയെ നമ്മൾ ഇന്നലെ ചിന്തിച്ചു ഓർമ്മിപ്പിക്കുന്നു ഒന്ന് അധിഷ്ഠാനം രണ്ട് കർത്താവ് മൂന്ന് പൃഥക്വിധങ്ങളായ കരണങ്ങൾ നാല് വിവിധങ്ങളായ ചേഷ്ടകൾ അഞ്ച് ദൈവം എന്ന് മാത്രമല്ല ന്യായമായാലും അന്യായമായാലും നമ്മൾ ചെയ്യുന്ന സകല കർമ്മങ്ങൾക്കും ഈ അഞ്ചെണ്ണം ഘടകങ്ങളാണെന്നും ഭഗവാൻ പറഞ്ഞു ഇവിടെ എല്ലാം ശ്രദ്ധിക്കണം എങ്കിൽ തന്നെയും നമ്മൾ ഇപ്പം ചിന്തിക്കുന്നത് കർമ്മത്തെ സംബന്ധിച്ച കർമ്മത്തിന് ഈ അഞ്ച് ഘടകങ്ങൾക്ക് അനുസൃതമായിട്ട് ഫലം വന്നു ചേരും ആ ഫലം വന്നു ചേരുന്നു എന്നത് എങ്ങനെയാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ചിരിക്കും എന്നുപടി പറയാം നേരത്തെ പറഞ്ഞ അഞ്ച് ഘടകങ്ങളെ ചേർത്തുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ക്രിയാ നിർവഹണം ചെയ്യുന്നത് ക്രിയാ നിർവഹണത്തിലൂടെ കർമ്മ നിവൃത്തി ഉണ്ടാവുന്നു കർമ്മസിദ്ധി ഉണ്ടാകുന്നു ആ കർമ്മം ഫലത്തെ തരിക എന്ന് പറയുമ്പോ മിശ്രങ്ങളാണ് എപ്പോഴും ഫലങ്ങൾ എന്നിട്ട് പറയാം കർമ്മത്തിൻ്റെ ഫലങ്ങൾ എപ്പോഴും മിശ്രങ്ങളാണ് ചേർന്നാണ് ഉണ്ടാവുക എങ്കിൽ തന്നെയും സുഖം ദുഃഖം മോഹം എന്നിങ്ങനെ മൂന്നായി നമുക്ക് അവയെ വിഭജിക്കാം ഇവ കലർന്നു വരും സുഖം മാത്രമായിട്ടാവില്ല ദുഃഖം മാത്രമായിട്ടാവില്ല മോഹം മാത്രമായിട്ടാവില്ല എങ്കിലും ഇവയിലേതെങ്കിലും ഒന്നിൻ്റെ ആധിക്യം ഉണ്ടാവും സുഖം എന്നുള്ളത് സത്വത്തിൻ്റെ കാര്യമാണ് ദുഃഖം എന്നുള്ളത് രജസിൻ്റെ കാര്യമാണ് മോഹം എന്നുള്ളത് തമസിൻ്റെ കാര്യമാണ് നമ്മൾ ഏത് രീതിയിലാണോ ക്രിയാനിഷ്പത്തി നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെയാണല്ലോ കർമ്മം സിദ്ധമാകുന്നത് അപ്പം നമ്മുടെ ക്രിയാനിഷ്പത്തി സാത്വികമായാൽ നിശ്ചയമാണ് അതിൻ്റെ ഫലം സുഖമാവും സുഖത്തിൻ്റെ ആധിക്യം ഉണ്ടാവും നമ്മുടെ ക്രിയാനുഷ്പത്തി രാജസികമാണെങ്കിൽ ദുഃഖത്തിൻ്റെ അതിക്യം ഉണ്ടാവും അതുപോലെ നമ്മുടെ ക്രിയാനിഷ്പത്തി താമസികമാണെങ്കിൽ അതിൻ്റെ പരിണാമം എപ്പോഴും മോഹമായിരിക്കും മോഹം എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ മോഹമല്ല മലയാളത്തിൽ പലപ്പോഴും മോഹം എന്ന് പറയുന്നത് ആഗ്രഹം എന്നർത്ഥത്തിലാണ് ഇവിടെ മോഹം എന്ന് പറഞ്ഞാൽ മുഗ്ധമായ ശരീരം തെറ്റും തിരിച്ചറിയാത്ത ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും തിരിച്ചറിയാത്ത വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയാത്ത ഈ തിരിച്ചറിവില്ലാത്ത അവസ്ഥയാണ് മോഹം തമസിന്റെ കാര്യമാണ് തമോലക്ഷണമാണ് നമ്മൾ ഭിലഷിക്കുന്നത് സുഖമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പ്രധാനമായി രണ്ട് ഘടകങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് നമ്മുടെ കർമ്മം അതായത് ക്രിയാനിഷ്പത്തി കഴിവതും സാത്വികമാക്കണം രണ്ട് നമ്മളാകുന്ന കർത്താവ് കഴിയുന്നതും സാത്വിക ഭാവത്തിലായിരിക്കണം ക്രിയയും സാത്വികം കർത്താവും സത്വികം അങ്ങനെയാവുമ്പോൾ അതിൻ്റെ പരിണാമമായിട്ട് വരുന്നത് സുഖാധിക്യമായിരിക്കും കേവല സുഖം എന്ന് പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഒക്കെ കർമ്മങ്ങൾ കേവലം ഒരു ഗുണത്തിലുള്ളതായിരിക്കില്ല മിശ്രമായിരിക്കും ഒരാളും തന്നെ കേവല സാത്വികനായിരിക്കില്ല കേവല രാജസികനായിരിക്കില്ല കേവല താമസികനായിരിക്കില്ല മൂന്ന് ഗുണങ്ങള് മിശ്രമായിട്ടാണ് വരിക ഏതിൻ്റെ ആധിക്യമുണ്ടോ അത് പറയാം എന്ന് മാത്രം നമ്മളില് സത്വം അധികമാണെങ്കിൽ അതിൻ്റെ രീതി നമ്മളിൽ ഉണ്ടാവും ശാന്തത എന്തിനേയും നേരവാരവോ എന്ന് സമീപിക്കാനുള്ളൊരു ശേഷി മിതത്വം അറിയാൻ കഴിവ് അറിഞ്ഞതിനെ അറിയിക്കാൻ കഴിവ് ഇന്ദ്രിയ മനസ്സുകളെല്ലാം പ്രായണ നിയന്ത്രണത്തിലുള്ള സ്ഥിതി ഭക്ഷണത്തിലധികം എരിവ് പുളി ഉപ്പുവൊന്നും വയ്യ എല്ലാത്തിലൊരു പാകം അങ്ങനെയൊക്കെയുള്ള ഒരു പ്രകൃതം ഇതൊക്കെ സത്വത്തിന്റെ ലക്ഷണങ്ങളാണ് നല്ല കർമ്മശേഷി വികാരങ്ങളെല്ലാം കൂടുതൽ പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യം പെട്ടെന്ന് സങ്കടം പെട്ടെന്ന് സന്തോഷം പെട്ടെന്ന് താനിവിടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി പടപ്പാട് പെടും ഭക്ഷണത്തിലൊക്കെ എത്ര എരിവും പുളിയും ഉപ്പുവായാലും മതിയാവില്ല പിന്നെയും വേണ്ടി വരും ഒരു എപ്പോഴും പ്രകൃതം അടുത്ത് ചെന്നിരിക്കുമ്പോ തന്നെ ഉള്ളതും വെറുതെ ഇരിക്കാൻ പറ്റില്ല അപ്പൊ ഇവിടെ ഇരിക്കാൻ ചതിന് ഒന്നുകിൽ കൈ കാലുറപ്പിച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ കൈ ഉറപ്പിച്ചുകൊണ്ടിരിക്കും എന്തെങ്കിലും ഉണ്ടാവും ശാന്തമായിട്ടിരിക്കാൻ പറ്റില്ല രാജസിക പ്രകൃതം താമസികന്മാര് പ്രായണ ഉറക്കം തോന്നിയത് മടിയന്മാരും അലസന്മാരും എന്താ ഇഷ്ടമുള്ള പണി എന്ന് ചോദിച്ചാൽ ഒന്നുകിൽ കിടന്നുറങ്ങണതാവും അല്ലെങ്കിൽ പരിദോഷം പറയണതാവും അല്ലെങ്കിൽ ഒന്നും ചെയ്യാണ്ടിരിക്കണതാവും ഇന്നുണ്ടാക്കിയ ഭക്ഷണത്തെക്കാൾ ഇഷ്ടം പഴയ ബേക്കറി സാധനങ്ങൾ പഴയതും ഇന്ന് ചോറുണ്ടാക്കി കഴിക്കുന്നതിനേക്കാൾ അവർക്ക് ഇഷ്ടം വെള്ളത്തിൽ ഇട്ടു വെച്ചിട്ട് നാളെ കഴിക്കുന്നതാകും ഒരു കർമ്മശേഷിയില്ല പക്ഷേ ഒരാൾ നിർദ്ദേശിച്ചാൽ അതുപോലെ പണിയെടുക്കും അത് ചെയ്യൂന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യും അതിൻ്റെ അപ്പുറം അപ്പുറവും ചെയ്യില്ല അങ്ങനെയെല്ലാം ഉള്ള പ്രകൃതം താമസികമാണ് ഈ സ്വഭാവങ്ങൾ നമ്മൾ അപഗ്രഹിക്കുമ്പോൾ തന്നെ ഇതൊന്നും കേവലമായിട്ട് ആർക്കും ഉണ്ടാവില്ലാധിക്കണ്ടാവുക എന്ന് മാത്രമല്ല ഇവിടെ വളരെ പ്രധാനപ്പെട്ട് മനസ്സിലാക്കാനുള്ളത് നമ്മളിലൊക്കെ എന്ത് ഗുണമാണോ ഉള്ളത് അത് നമ്മൾ തന്നെ ചിന്തകളിലൂടെ കർമ്മങ്ങളിലൂടെ ഇന്നലകളിൽ സഞ്ചയിച്ചതാണ് അതുകൊണ്ട് ഇന്ന് വളരെ ബുദ്ധിപൂർവ്വമായി സാധനാനിഷ്ഠമായി ജീവിക്കുന്നതിലൂടെ നമ്മുടെ ഗുണഘടനയെ സ്വാധീനിക്കാൻ നമുക്ക് കഴിയും പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാരും ഇരിക്കുന്നിടത്തേ ഇരിക്കു പറഞ്ഞാൽ പിന്നെ ശാസ്ത്രത്തിന്റെ ആവശ്യം ഇല്ല ഗുരുവിന്റെ ആവശ്യമില്ല ജീവിതത്തിൽ നമുക്ക് ഉയരാം ജീവിതത്തിൽ ഈ വിഷയം ഗീതാകാരൻ ഭഗവാൻ വളരെ ചിന്തിച്ചിട്ടുണ്ട് പറഞ്ഞുതരും സത്വം ഹേ ഭാരത അല്ലേ അർജുന രജസിനെയും തമസിനെയും കീഴ്പെടുത്തിയിട്ട് സത്വം വികസിതമാകുന്നു രജസത്വം രജസിനെയും സത്വത്തെയും കീഴ്പ്പെടുത്തിയിട്ട് തമസ് വികസിതമാകുന്നു സത്വത്തെയും തമസിനെയും കീഴ്പ്പെടുത്തി രജസ് വികസിതമാകുന്നു എന്ന് വെച്ചാൽ അർത്ഥം ഇതരങ്ങളായ രണ്ട് ഗുണങ്ങളെ കീഴ്പ്പെടുത്തിയിട്ട് ഒരു ഗുണം വികസിതമാകും ഇപ്പം നമ്മുടെ ചിന്തകൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ നമ്മൾ കേൾക്കുന്ന കേൾവികൾ ഇതൊക്കെ ഏത് ഗുണത്തിൻ്റെ വികാസത്തിന് നമ്മളാക്കി തീർക്കുന്നുവോ അതായിരിക്കും പരിണാമം വ്യക്തമാണെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ബോധപൂർവമായ പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് സാത്വിക ഭാവത്തെ വളർത്താൻ ഉണ്ടാകേണ്ടതാണ് അഥവാ നമ്മൾ സുഖം ഇച്ഛിക്കുന്നെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്നും ഇച്ഛിക്കുന്നു അതിനു വേണ്ടി പ്രവർത്തിക്കുന്നില്ല പറഞ്ഞാൽ ഇച്ഛിക്കുന്നത് കിട്ടില്ല കൂലി വേണം എങ്കിൽ പണിയെടുക്കണം കൂലി വേണം പണിയെടുക്കില്ല പറഞ്ഞാൽ അത് സാധ്യമല്ല ഏതൊരു ഫലപ്രാപ്തി നമുക്ക് വേണമെങ്കിലും അതിനു വേണ്ട പ്രയത്നം ചെയ്യാൻ നമ്മൾ തയ്യാറാവണം അപ്പൊ ഈ പറഞ്ഞ സുഖം എനിക്ക് ജീവിതത്തിൽ വേണമെങ്കിൽ സുഖം സത്വകാര്യമായതുകൊണ്ട് നമ്മുടെ വ്യവഹാരങ്ങളെ സത്വകരങ്ങളാക്കി തീർക്കാൻ നമ്മൾ ശ്രമിക്കണം അങ്ങനെ ഒന്ന് നമ്മിലെ കർത്താവിനെ സാത്വികനാക്കണം നമ്മളുടെ കർമ്മത്തെ സാത്വികമാക്കണം അങ്ങനെ കർമ്മവും കർത്താവും സാത്വികമായാൽ കർമ്മഫലം സുഖമാകും ഇത് രാജസികമായാൽ കർമ്മഫലം ദുഃഖം ഇത് താമസികമായാൽ കർമ്മഫലം മോഹം ഇത് ശ്രദ്ധിക്കുക അപ്പോ എങ്ങനെ നമുക്ക് കർമ്മത്തെ സാത്വികമാക്കാം ചിന്തിക്കുക അവിടെ ഭഗവാൻ വ്യക്തമായി നമുക്ക് പറഞ്ഞുതരും നിയതം സംഘരഹിതം രാഗദ്വേഷ കർമ്മത്വിക ൃതം അേന കർമ്മ എത്തു യാതൊരു കർമ്മമാണോ നിയതമായത് സംഘരഹിതമായത് ൃതമായത് അലപ്രേപ്സുനാകൃതമായത് അതാണ് സാത്വിക കർമ്മം ഒന്ന് നിയതമായത് നിയതം നമ്മൾ ഓരോരുത്തരും നമ്മിൽ നിയതമായ കർമ്മം വേണം ചെയ്യ നിയതം ഒരു കർമ്മത്വം ഗീതന്നെ പറഞ്ഞു നീ നിയതമായ കർമ്മത്തെ ചെയ്യൂ എല്ലാ കർമ്മങ്ങളും നിയതങ്ങളായിരിക്കും പലർക്ക് എല്ലാ കർമ്മങ്ങളും ഒരാൾക്ക് നിയതമല്ല ഒരാൾക്ക് നിയതം അയാൾക്ക് വിഹിതമാണ് ബ്രഹ്മചാരി എന്ന രൂപത്തിൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമി എന്ന രൂപത്തിൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ വാനപ്രസ്ഥൻ എന്ന രൂപത്തിൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ സന്യാസി എന്ന രൂപത്തിൽ ചെയ്യേണ്ടത് ഇങ്ങനെ ഓരോ ആശ്രമത്തിനും സാമാന്യകർമ്മം പറയാം അത് തന്നെ വിശേഷ അവസരങ്ങളിൽ മാറി വരും സാമാന്യവും വിശേഷവും ഉണ്ട് സാമാന്യമായിട്ട് ബ്രഹ്മചാരിക്ക് ഗൃഹസ്ഥന് വാനപ്രസ്ഥന് സന്യാസിക്ക് നിന്നത് സാമാന്യകർമ്മങ്ങൾ എന്ന് പറയാം പക്ഷെ അത് തന്നെ വിശേഷ അവസരങ്ങളിൽ മാറും ചില പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോ ഗൃഹസ്ഥൻ ബ്രഹ്മചാരിയുടെ കർമ്മം ചെയ്യേണ്ടി വരും ബ്രഹ്മചാരി ഗൃഹസ്ഥന്റെ കർമ്മം ചെയ്യേണ്ടി വരും സന്യാസി ഗൃഹസ്ഥന്റെ കർമ്മം ചെയ്യേണ്ടി വരും ഗൃഹസ്ഥൻ സന്യാസീല കർമ്മം ചെയ്യേണ്ടി വരും ഇവിടെ പ്രവചനം നടക്കുന്നു ഇത് സന്യാസീല കർമ്മമല്ല സമൂഹത്തിൽ വേദാന്തം പഠിപ്പിക്കുന്നു അത് സന്യാസീല കർമ്മമല്ല ഇതൊന്നും സന്യാസി ചെയ്യേണ്ടതല്ല പക്ഷേ ഗൃഹസ്ഥാശ്രമികൾ വേണ്ട വിധത്തിൽ ശാസ്ത്രപ്രചരണം ചെയ്യാതിരുന്ന സാഹചര്യത്തിൽ സനാതനധർമ്മത്തിന് അപചയം സംഭവിക്കുന്നത് കണ്ട് ശങ്കരാചാര്യ സ്വാമികൾ മഠം സ്ഥാപിക്കുകയും മഠങ്ങൾ സ്ഥാപിക്കുകയും മഠങ്ങൾ കേന്ദ്രമാക്കി ശാസ്ത്രപ്രചരണത്തിന് വ്യവസ്ഥ ചെയ്യുകയും ചെയ്തു അനന്തരമാണ് ശാസ്ത്രപ്രചരണ മേഖലയിൽ സന്യാസിമാർ പ്രവർത്തിച്ചത് അതേസമയത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് സന്യാസിക്ക് അറിയാം ഇതെൻ്റെ സ്വധർമ്മമല്ല എന്ന് ഇതുപോലെ ഓരോരുത്തർക്കും വേണ്ടി വരും ഇപ്പം സാമാന്യമായി ആശ്രമഭേദമനുസരിച്ചിട്ടുള്ള കർമ്മം വിശേഷമായി ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചെയ്യേണ്ടുന്ന കർമ്മം ഇത് നിയതം ചെയ്യുക നിയതമായത് ചെയ്യുക നിയതം നിക്ഷിപ്തം നിന്നിൽ നിക്ഷിപ്തമായത് യാതൊന്നിനെത്താൻ നിത്യവും ചെയ്യുമോ അത് നിത്യവും ചെയ്യേണ്ടത് അത് നിയതം നിയതം യത് കർമ്മ യാതൊരു കർമ്മം നിയതമാണോ അത് സംഘരഹിതം സംഘരഹിതമായത് ഇതിൻ്റെ ഫലം എനിക്ക് ഇതിൻ്റെ ഫലം എനിക്ക് ഇതിൻ്റെ ഫലം എനിക്ക് ഇങ്ങനെ സംഘത്തോടു കൂടി നമ്മൾ ചെയ്യുമ്പോൾ ഒരു കർമ്മം ഒരിക്കലും സത്വികമാവുന്നില്ല അത് നമ്മളേതായിട്ട് ബന്ധിക്കുന്നു കർത്തവ്യമായത് ഞാനിതാ ചെയ്യുന്നു ഇത് ഭംഗിയായി ചെയ്യാനേ എനിക്ക് സാധിക്കും എൻ്റെ എല്ലാ കാരണങ്ങളെയും ശുദ്ധമാക്കി എൻ്റെ പരമാവധി കഴിവ് ഉപയോഗിച്ച് ഏറ്റവും ശക്തമായി ഞാനിത് ചെയ്യുന്നു അത് എനിക്ക് സാധിക്കും അതിന് ഫലം വന്നു ചേരുന്നത് അതിൻ്റെ സ്വാഭാവികമായ നിയമമനുസരിച്ചാണ് അതിൽ എനിക്ക് നിയന്ത്രണമില്ല അതുകൊണ്ട് ചെയ്യാനുള്ളത് ചെയ്യുന്നു എന്ന ഭാവനയോടുകൂടി സംഘരഹിതമായിട്ട് നിയതം സംഘരഹിതം എപ്പോൾ നമ്മൾ സംഘരഹിതമാകുന്നുവോ അപ്പം നമ്മുടെ കർമ്മത്തിനാലുള്ള സിദ്ധി അസിദ്ധികളിൽ സമഭാവം നമുക്ക് വരും അതിനെ യോഗം എന്ന് ഭഗവാൻ നിർവചിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മളിവിടെ യോഗത്തിൻ്റെ കർമ്മയോഗത്തിൻ്റെ ഒരു ലക്ഷണം പറയുകയുണ്ടായി യോഗ കർമ്മ സു കൗശലം എന്ന് കർമ്മങ്ങളിലുള്ള കൗശലമാണ് യോഗം എന്ന് പറഞ്ഞു അതിന്റെ വിശദീകരണത്തിൽ വ്യക്തമായി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ചെയ്യാനുള്ളത് ചെയ്യുന്നു എന്നാൽ അതിൻ്റെ ഫലത്താൽ ബന്ധിക്കപ്പെടുന്നില്ല അങ്ങനെ ഫലത്താൽ ബന്ധിക്കപ്പെടാതെ കർമ്മം ചെയ്യാനുള്ള കൗശലമാണ് കർമ്മയോഗം എന്ന് പറയുകയുണ്ടായി മറ്റൊരു തലത്തിൽ പറയുകയാണ് സിദ്ധ്യ സിദ്ധ്യോഹോ സമൂഭൂത്വ സമത്വം യോഗ ഉച്ച നമ്മളിപ്പോ ഏതെങ്കിലും കർമ്മം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാനേ കഴിയും ഭംഗിയായി ചെയ്യാനേ കഴിയും അതിൽ നമുക്ക് അധികാരമുണ്ട് ചെയ്യാനും ചെയ്യാതിരിക്കാനും അന്യഥ ചെയ്യാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ഫലം സ്വാഭാവികമായി വന്നു ചേരുന്നതാണ് അതിൽ നമുക്ക് നിയന്ത്രണമില്ല ഈ ഒരു കാഴ്ചപ്പാടോടു കൂടി സിദ്ധി വരട്ടെ അസിദ്ധി വരട്ടെ ഉദ്ദേശിച്ച ഫലം സിദ്ധമാവട്ടെ അസിദ്ധമാവട്ടെ അതിനാൽ ബാധിക്കപ്പെടാതെ അതേ സമയത്ത് കർമ്മത്തിൽ ശുദ്ധമായി നിഷ്കർഷയോടുകൂടി അണുവ്യതി ചലിക്കാതെ നമ്മൾ അനുഷ്ഠിക്കുക സിദ്ധ്യ സിദ്ധ്യോഹോ സമോഭൂത്വം സിദ്ധിയിലും അസിദ്ധിയിലും സമനായിട്ട് സമത്വം യോഗ ഉച്ചത് യാതൊരു സമത്വമുണ്ടോ മനസ്സിൻ്റെ മനസ്സിൻ്റെ സമത്വമാണ് യോഗം ഹർഷവിഷാദങ്ങളാൽ ബാധിക്കപ്പെടുന്നില്ല ചെയ്യാനുള്ളത് കുശലതയോടെ ചെയ്യുന്നു ഈ ഒരു സമത്വത്തിന് പറയുന്ന പേരാണ് യോഗം അപ്പോ സംഗരഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ യോഗമായി കഴിഞ്ഞു എപ്പോ കർമ്മം സംഘരഹിതമാകുന്നു അപ്പോൾ അത് യോഗമായി ശ്രദ്ധിക്കുക നിയതം സംഘരഹിതം ൃതം രാഗദ്വേഷങ്ങളാൽ ചെയ്യപ്പെടുന്നതാവരുത് രാഗം എന്ന് പറഞ്ഞാൽ സുഖാനുഷയി രാഗ സുഖത്തിനായിക്കൊണ്ട് വിഷയങ്ങളോട് പദാർത്ഥങ്ങളോടുള്ള ഒട്ടിച്ചേരൽ എന്ന് പറയുന്ന പേരാണ് രാഗം എന്തെങ്കിലൊരു വസ്തു കണ്ടു എന്തോ ഒരു വസ്തു ഇന്നുമില്ല കണ്ട സമയത്ത് തോന്നി അതിനെ കിട്ടിയാൽ സുഖാവുമല്ലോന്ന് തോന്നി അതിനെനിക്ക് കിട്ടിയാൽ സുഖമാവുമല്ലോന്ന് തോന്നി കിട്ടാൻ ആഗ്രഹിക്കുകയാണ് അതിന് പറയുന്ന പേരാണ് കാമ എങ്ങനെയെങ്കിലും കിട്ടിയെന്ന് വെച്ചോളൂ ഒന്നുകിൽ ചോദിച്ചു അയാൾ തന്നു അല്ലെങ്കിൽ മോഷ്ടിച്ചു എങ്ങനെയെങ്കിലും ആഗ്രഹിച്ച വസ്തു കൈവശാക്കി ഇപ്പതിനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുഖം സുഖത്തിനായിക്കൊണ്ട് അതിനെ വെച്ചുകൊണ്ടിരിക്കുന്ന പ്രാപ്തമായ ഒരു വസ്തുവെ സുഖത്തിനായിക്കൊണ്ട് ചേർന്നിരിക്കുന്ന അനുശയനം ചെയ്യുന്ന സ്വഭാവം ഗുണവിശേഷം അതാണ് രാഗം രാഗം കാമവും രാഗമുള്ള വ്യത്യാസം കാമം അപ്രാപ്ത വസ്തുവിൽ സുഖഹേതുവിനുള്ള ആഗ്രഹമാണ് രാഗം പ്രാപ്തമായ വസ്തുവോട് ചേർന്നിരിക്കാനുള്ള ഒരു ഒരു ഇച്ഛാ വിശേഷമാണ് അവനവനെ വേറെ തിരിച്ചറിയാൻ പറ്റും രാഗമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒരാൾക്കറിയാൻ കഴിയില്ല ദ്വേഷം ഇതിന് വിപരീതമാണ് ദ്വേഷം എന്ന് പറഞ്ഞാൽ ദുഃഖാനുശയി ദുഖത്തിന്റെ തുടർച്ചയായിട്ട് വരുന്നതാണ് ദ്വേഷം അതായത് ഇത് ദുഃഖഹേതുവാകുമല്ലോ എന്ന ചിന്തയാൽ എന്തെങ്കിലും ഒന്നിനെ അകറ്റാനുള്ള ഭാവം ഇതെനിക്ക് ദുഃഖഹേതുവാകും എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും ഒന്നിനെ നമ്മൾ അകറ്റാൻ ശ്രമിക്കുന്നു അതാണ് ദ്വേഷം ഇവിടെ പറയുന്നത് ഒരു കർമ്മം സാത്വികമാണെങ്കിൽ ആവണമെങ്കിൽ അത് അരാഗദ്വേഷത കൃതം രാഗദ്വേഷങ്ങളാൽ ചെയ്യപ്പെട്ടതാവരുത് രാഗദ്വേഷങ്ങളാൽ ചെയ്യപ്പെട്ടതാവരുത് അഫലപ്രേപ്സുന കർമ്മ കൃതം അഫലപ്രേപ്സുന ഫലത്തെ ഇച്ഛിക്കുന്നവൻ നേരത്തെ നമ്മൾ പഠിച്ചു ഭഗവാന്റെ വലിയൊരു ഉപദേശം മാ കർമ്മഫലഹേതുർഭോ കർമ്മഫലത്തിനു വേണ്ടി മാത്രം പരിശ്രമിക്കുന്നവൻ ആവരുതേ നീ എന്ന് പറഞ്ഞു എന്നാൽ അങ്ങനെയുള്ള ആൾ എന്ത് ചെയ്യുന്നുണ്ടോ ഫലപ്രാപ്തിക്കാണ് അത് വേണം ഇത് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നുള്ള ആഗ്രഹത്താൽ പ്രേരിതനായി മാത്രം കർമ്മം ചെയ്യുന്നു എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ പിന്നിലൊരാഗ്രഹം ഉണ്ടാവും അങ്ങനെ അല്ലാതെ ഫലപ്രേപ്സുവല്ലാത്ത ആളാൽ ചെയ്യപ്പെടുന്ന കർമ്മം എന്തോ അതാണ് സാത്വിക കർമ്മം അപ്പൊ നമ്മുടെ കർമ്മം സാത്വികമാക്കാൻ ോധപൂർവമായ പരിശ്രമം നമ്മൾ ചെയ്യണം സാത്വികം മനസ്സിലാക്കുമ്പോ സ്വീകരിക്കാൻ വേണ്ടി സാത്വികം മനസ്സിലാക്കുമ്പോ ഒഴിവാക്കാൻ വേണ്ടി താമസികവും രാജികസികവും മനസ്സിലാക്കണം അതിന് നമ്മൾ അധികം സമയം ഉപയോഗിക്കുന്നില്ല ഏറ്റവും സംക്ഷിപ്തമായി മാത്രം പറയാം എത്തു കാമേപ്സുനാ കർമ്മ സാഹങ്കേണ വാഹുലായസം രാജസമുദാഹൃതംസുന കാമപ്രാപ്തിക്ക് ഇച്ഛിക്കുന്നവൻ ഇതിനെക്കൊണ്ട് എനിക്കിത് കിട്ടും ഇതിനെക്കൊണ്ട് എനിക്കിത് കിട്ടും ഇതിനെക്കൊണ്ട് എനിക്കിത് കിട്ടും എന്നുള്ള സങ്കല്പത്തോടുള്ളൂ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരാഗ്രഹത്തോടു കൂടി കർമ്മ സാഹങ്കേണവാ പുനഃ അല്ലെങ്കിൽ അഹങ്കാരത്തോടുകൂടി ഞാൻ ചെയ്യുന്നു ഞാനാണിതൊക്കെ ചെയ്യണത് എന്നഹങ്കാരത്തോടു കൂടി ക്രിയത്തെ ബഹുളായാസം വളരെ പ്രയാസപ്പെട്ടാ ചെയ്യുന്നത് അനായാസം ചെയ്യാൻ കഴിയില്ല വളരെ പ്രയാസപ്പെട്ടിട്ട് ബഹുളായാസം ആവശ്യത്തിലധികം ആയാസം ചെയ്തിട്ട് പത്ത് പണി ചെയ്യുന്നുണ്ടെങ്കിൽ പത്ത് പണി ചെയ്യുന്നുണ്ട് അറിയിക്കാൻ നൂറ് പണി ചെയ്യും എന്തെങ്കിലും പണി നമ്മൾ ചെയ്യുന്നുണ്ട് ലൗകികമോ വൈദികമോ എങ്കിൽ അത് നാലാളെ അറിയിക്കാൻ വേണ്ടി അതി ഡയറക്റ്റി പണിയെടുക്കും അതാണ് ബഹുളായാസം ാക്ഷായണി അമ്മയുടെയും ലംബോദരൻ നായരുടെയും വിവാഹത്തിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികം പ്രമാണിച്ച് മൂന്നു പേർക്ക് അന്നദാനം ചെയ്തു മൂന്നു പേർക്ക് അന്നദാനം ചെയ്തു നാലു കൂട്ടം പായസം വെച്ചിട്ടായിക്കോട്ടെ എന്നാൽ തന്നെ എത്ര കുറുപ്പിയാവും ഒരു പായസല്ല രണ്ട് പായസമല്ല നാലു കൂട്ടം പായസം വെച്ചിട്ടുള്ള സദ്യ ആയിക്കോട്ടെ എന്നാ തന്നെ എത്ര ഉറപ്പും പക്ഷെ അത് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിട്ട് കൊടുത്ത പരസ്യത്തിന് എത്ര ഉറപ്പും ചിന്തിക്കുക ബഹുളായാസം വളരെ ആയാസപ്പെട്ടു അവർ പലതും ചെയ്യും ഈ രാജസിക കർമ്മം ചെയ്യുന്നവരെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കാൻ നമുക്ക് എളുപ്പ അത് പ്രത്യേകം ശ്രദ്ധിക്കുക വന്നവരുടെ അഹങ്കാരത്തിന് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി നീ ഉണ്ടായിട്ടല്ലേ ഈ പ്രഭാഷണ പരമ്പരയൊക്കെ നടക്കണം അത് അതുകൊണ്ടൊന്നും നിങ്ങളൊന്ന് സ്പോൺസർ ചെയ്യണം ഓ അങ്ങനെയൊക്കെ സ്വാമി പറഞ്ഞല്ലോ ഒന്ന് സ്പോൺസർ ചെയ്ത് കളയാം സ്വാമി നാലാൾ അറിയിക്കാൻ വഴിയുണ്ട് ഒറായിട്ട് വഴിയുണ്ട് അവിടെ എഴുതി വെക്കാം എന്നാളുടെ വകയാണെന്ന് പ്രഭാഷണം സ്പോൺസർ ചെയ്തത് നാൾ ബഹുളായാസം എളുപ്പമായി രാജസിക കർത്താക്കളെയാണ് രാജസിക കർമ്മങ്ങൾ കർത്താവ് അല്ല രാജസിക കർമ്മം ഇതാണ് മിക്കവാറും നമ്മൾ സമൂഹത്തിൽ കാണുന്നത് സാഹങ്കാരണം ഒരു ക്ഷേത്രത്തോടനുബന്ധിച്ചൊരു ഗസ്റ്റ് ഹൗസില്ല പറയുമ്പോ നിങ്ങള് സ്വാമി അസത്യം പറയാനേ വിചാരിക്കുകയുള്ളു അസത്യമല്ല സത്യമാണ് മുറിയിൽ കിടക്കുന്ന മുറിയിൽ ഒരു ട്യൂബ് ലൈറ്റ് ആ ട്യൂബ് ലൈറ്റിന്റെ മുകളിൽ കറുത്ത പെയിന്റ് കൊണ്ട് എന്തൊക്കെയാ എഴുതിയെന്നറിയോ ഞാനെ ഇത്ര അക്ഷരം കൊള്ളിച്ചതെന്ന് നമുക്ക് അത്ഭുതവും വിത്ത് ബെസ്റ്റ് കോംപ്ലിമെന്റ്സ് ഫ്രം സയൻസോ ഒരുപാട് വലിയ പേരാ in loving memory of their parents nun barnavare peru pore appo ambala committee president node nammal barno it nannayittund night lamp nannayittund alla samaye night lamp allallo adu night lamp ende upayoga alla velichen porthu verilla ratri kitte gadaka sukhana tube light a anna tube ide nalala velle tube a എഴുതിയിരിക്കുക അതിൽ ഇന്നാളുടെ ഇന്നാളുടെയും വകം ഇന്നാളുടെ ഓർമ്മയ്ക്കായിട്ട് അതും ഉണ്ട് ഒരു ട്യൂബിന്റെ വോളിൽ ബഹുളായാസം സാഹങ്കാരേണം തദ് രാജം അതാണ് രാജസം അപ്പൊ രാജസം കഴിയുന്നത് ഒഴിവാക്കണേ കഴിയുന്നതും രാജസ ഒഴിവാക്കുക കഴിയുന്നതും രജോ ഗുണം വേണം വേണ്ട എന്ന് പറയുന്നില്ല കർമ്മനിർവർത്തിക്ക് രജോ ഗുണം വേണം പക്ഷെ രാജസിക കർമ്മങ്ങൾ നമുക്ക് ദുഃഖമേ തരും ശ്രദ്ധിക്കുക പിന്നെ താമസിക ഒഴിവാക്കണം എന്ന് പറയേണ്ടതില്ലോ ധം ഹിംസ അന പശ്യ പൗരുഷം മോഹ്യത്തെ കർമ്മ യമസ മു താമസകർമ്മ അനുബന്ധം ക്ഷിംസാ അനപശ്യ മോഹാദാര താമസം അനുബന്ധം ക്ഷയം ഹിംസം പൗരുഷം അനപശ്യ അനുബന്ധത്തെയും ക്ഷയത്തെയും ഹിംസയേയും പൗരുഷത്തെയും നോക്കാതെ അപ്പം നമ്മൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം ഒരു കർമ്മം ആരംഭിക്കേണ്ടത് ശ്രദ്ധിക്കില്ല ഇതൊക്കെ നോക്കാണ്ട് ചെയ്താൽ താമസിക്കാവൂ എന്ന് പറഞ്ഞ അർത്ഥം നമ്മൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ ഒന്ന് അനുബന്ധം നമ്മൾ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ എന്തായിരിക്കും അതിൻ്റെ അനുബന്ധം നമ്മൾ എത്ര പേരാലോചിക്കാറുണ്ടത് തത്കാലം എന്തെങ്കിലും തോന്നി അതങ്ങ് ചെയ്യും തത്കാലം എന്തെങ്കിലും തോന്നി അതങ്ങ് പറയും പക്ഷേ ഏത് കർമ്മത്തിനും ഒരനുബന്ധം ഉണ്ടാവും അതുകൊണ്ട് തന്നെ അനുബന്ധത്തെ നോക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് ഞാൻ ചെയ്യുന്നൊരു കർമ്മത്തിൻ്റെ അനുബന്ധം എനിക്ക് ദോഷമായി വരരുത് സമാജത്തിന് ദോഷമായി വരരുത് ചിന്തിക്കണം അപ്പം അനുബന്ധം നോക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയാൽ ലൗകികമായാലും വൈദികമായാലും കൊള്ളാം അനുബന്ധം ആലോചിക്കാതെ പ്രവർത്തിച്ചാൽ സർവജ്ഞന്മാർക്ക് പോലും ദുഃഖം വരാം സർവജ്ഞന്മാർ അനുബന്ധം ആലോചിക്കാതെ പ്രവർത്തിക്കുമെന്ന് ചോദ്യം അങ്ങനെ വന്നു പോയാൽ നമ്മുടെ മുമ്പിൽ ദൃഷ്ടാന്തമുണ്ട് സർവജ്ഞനാണ് ഹനുമാൻ പക്ഷേ ഹനുമാൻ അനുബന്ധ ആലോചിക്കാണ്ട് ഒരു പ്രവൃത്തി ചെയ്തു പോയി ലങ്കയ്ക്ക് അങ്ങ് തീ കൊടുത്തു തീ കൊടുത്തു തീ പടർന്നു പിടിച്ചു തീ കൊടുക്കാനേ ഹനുമാൻ കഴിയോ തീ കെടുത്താൻ കഴിയില്ല അങ്ങ് പടർന്നു പിടിച്ചു നന്നായിട്ട് ലങ്കയുടെ വലിയൊരു ഭാഗം കത്തി അപ്പോഴാണ് ദുഃഖിക്കേണ്ടി വന്നത് ഒയ്യോ ഞാനെന്താ ചെയ്തത് യാതൊരു സീതാദേവി അന്വേഷിച്ച് ഞാൻ വന്നുവോ ആ സീതാദേവി അടക്കപ്പ പൊള്ളലേറ്റിട്ടുണ്ടാവുമല്ലോ ആ ദേവി ഇരുന്ന ഉപവനം കത്തി നശിച്ചിട്ടുണ്ടാവുമല്ലോ ആകെ ദുഃഖിതനായി ഉടനെ പതുങ്ങി പതുങ്ങി പോയി നോക്കി ഓ ദേവിക്ക് ഒന്നും പറ്റിയിട്ടില്ല സമാധാനമായി സമാധാനായി പക്ഷേ ഒരല്പസമയം ദുഃഖിക്കേണ്ടി വന്നു അനുബന്ധം നോക്കാതെ പ്രവർത്തിച്ചാൽ സർവജ്ഞന് പോലും ദുഃഖം വരും അപ്പം നമ്മളൊക്കെ എത്ര ശ്രദ്ധിക്കണം എന്ന് ആലോചിച്ച് നോക്കുക അനുബന്ധം ഏതൊരു കർമ്മത്തിൻ്റെ അനുബന്ധം നമ്മൾ ആലോചിക്കണം അതെ എന്താണ് അതിൻ്റെ പരിണാമം എനിക്കും സമാജത്തിനും അതെത്ര ദോഷകരമായി തീരും ക്ഷയം ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അതിനൊരു ക്ഷയം ഉണ്ടാവും അതിനൊരു പരിണാമമുണ്ട് ക്ഷയമുണ്ട് ക്ഷയം നോക്കണം ഏത് കർമ്മത്തിനും ഉണ്ട് നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന രണ്ട് മണിക്കൂർ ശാസ്ത്ര വിചാരം ചെയ്യുവാൻ നല്ല കർമ്മമാണ് പക്ഷെ ഇതിനൊരു ക്ഷയാംശമുണ്ട് ഈ രണ്ട് മണിക്കൂറ് നമ്മൾ മറ്റു പല പ്രവൃത്തികളും ചെയ്യാതിരിക്കുകയാണ് അത് നമ്മൾ ചെയ്തിരുന്നെങ്കിൽ എത്ര പ്രയോജനം രാഷ്ട്രത്തിൽ ഉണ്ടാകുമായിരുന്നു അതിന് ക്ഷയം സംഭവിക്കുന്നുണ്ട് ക്ഷയമില്ലാണ്ട് ഒരു കർമ്മവും ഇല്ല പക്ഷേ ക്ഷയം കൂടാണ്ട് കഴിയില്ല അപ്പൊ നമ്മൾ ഏതാണ് പ്രയോജനവത്തെന്ന് നോക്കിയിട്ട് അതാണ് ചെയ്യുക ഇതുകൊണ്ട് ക്ഷയം ഉണ്ടെങ്കിലും ക്ഷയത്തെക്കാൾ ഏറെ പ്രയോജനമുള്ളത് കൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നു ഞാൻ കേൾക്കാൻ പോകുന്നു ചില സന്ദർഭങ്ങളിൽ ഇത് കേൾക്കാൻ പോവാൻ പറ്റില്ല കാരണം രണ്ട് മണിക്കൂർ ഇത് കേൾക്കാൻ ഞാൻ പോയി കഴിഞ്ഞാൽ സംഭവിക്കാവുന്ന ക്ഷയം ഇതിനേക്കാൾ ഇതിൻ്റെ പ്രയോജനത്തെക്കാൾ വലുതായിരിക്കുമെങ്കിൽ ഇത് കേൾക്കാൻ പോകരുത് അതെപ്പോഴും ചിന്തിക്കണം അപ്പം അത് വിലയിരുത്തണം അനുബന്ധം ക്ഷയം ഹിംസ നമ്മൾ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അതിനൊരു ഹിംസാംശമുണ്ട് ഹിംസ കൂടാതെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ കിടക്കുമ്പോൾ സംസാരിക്കുമ്പോൾ വെള്ളം തിളപ്പിക്കുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അടിച്ചു വരുമ്പോ എന്ന വേണ്ട ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിനൊരു ഹിംസയുണ്ട് നമ്മുടെ ഏത് വ്യാപാരത്തിലും ആരെങ്കിലും ദുഃഖിക്കുന്നുണ്ടാവും ആരെങ്കിലുമൊക്കെ നമ്മളത് പരിഗണിച്ചിട്ട് അതുകൊണ്ടുണ്ടാവുന്ന ഹിംസാദോഷവും പ്രയോജനവും തട്ടിച്ചു നോക്കി ഹിംസയാണ് അധികമെങ്കിൽ ചെയ്യരുത് പ്രയോജനമാണ് അധികമെങ്കിൽ ചെയ്യണം പക്ഷെ ഇതൊന്നും പരിഗണിക്കാതെ ചെയ്യുന്നു അനുബന്ധം നോക്കാതെ എനിക്കിതിന് കഴിയുമോ നോക്കാതെ കിടത്തുക എനിക്കിതിന് കഴിവുണ്ടോ അതാലോചിക്കണം ഓരോ വർഷം കഴിയുംതോറും പ്രായം കൂടുന്നുണ്ട് ചെറുപ്പത്തിൽ ഞാൻ ചെയ്തു പറഞ്ഞിട്ട് ഇപ്പൊ ചെയ്യാൻ കഴിയില്ല അന്ന് ചെയ്തു അതുകൊണ്ട് ഇന്ന് ചെയ്യാൻ കഴിയില്ല അത് ഞാൻ ആലോചിക്കണം അന്ന് ചെയ്ത ആ ഒരു സ്മൃതിയിൽ ഇന്ന് ചെയ്യാൻ പുറപ്പെട്ടാൽ എനിക്ക് നാട്ടുകാർക്ക് ഉപദ്രവാകും ചിന്തിക്കുക ഏതെങ്കിലും ഒരു കർമ്മം ആരംഭിക്കുമ്പോ ഇതെനിക്ക് പൂർത്തിയാക്കാൻ സാധിക്കുമോ പൂർത്തിയാക്കാൻ സാധിക്കുന്ന ആർക്കും ഒരു ഉറപ്പുമില്ല ഒരറപ്പില്ല നാളെ കൃത്യം ആറര മണിക്ക് അടുത്ത പ്രഭാഷ തുടർച്ച പറയാം അതൊക്കെ ഒരു വ്യവഹാരം അതിനിടയ്ക്ക് കാറ്റ് പോയാലോ എങ്ങനെയാണ് പറയുക കാറ്റപ്പോഴും പോവാം പക്ഷെ ഒരു ലോകവ്യവഹാരത്തിൽ അത് പറയും ഇത് ബാക്കി നാളെ ആറര മണിക്ക് അതൊരു ലോകവ്യവഹാര ശൈലി അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഒരു ഉറപ്പുമില്ല എങ്കിൽ തന്നെയും ആ ലോകവ്യവഹാര ശൈലിക്കനുസരിച്ച് ഇതെനിക്ക് പൂർത്തിയാക്കാൻ സാധിക്കുമോ ഇതിലുള്ള കഴിവ് എനിക്കുണ്ടോ ഇതിലുള്ള പൗരുഷം കഴിവ് എനിക്കുണ്ടോ എന്ന് ആലോചിക്കണം ഇതൊന്നും നോക്കാതെ അനുബന്ധം നോക്കാതെ ക്ഷയം നോക്കാതെ ഹിംസ നോക്കാതെ പൗരുഷം നോക്കാതെ മോഹാദാരഭ്യത മോഹത്തോടു കൂടി വിവേകമില്ലായ്മയോടുകൂടി യാതൊരു കർമ്മത്തെ മനുഷ്യൻ ആരംഭിക്കുന്നുണ്ടോ ആ കർമ്മം താമസിക കർമ്മമാണ് അപ്പൊ നമ്മുടെ കർമ്മം സുഖമാണ് നമ്മൾ ഇച്ഛിക്കുന്നത് എങ്കിൽ സാത്വികമാവണം നമ്മുടെ കർമ്മം നമ്മൾ സാത്വികമാക്കാതെ രാജസികവും താമസികവുമായിട്ടാണോ നിർവഹിക്കുന്നത് എങ്കിൽ യാതൊരു സംശയവും ഇല്ല ുഃഖവും മോഹവുമായിരിക്കും അതിൻ്റെ പരിണാമം സുഖമാണ് നമ്മൾ ഇച്ഛിക്കുന്നത് ദുഃഖമല്ല നമ്മൾ ഇച്ഛിക്കുന്നത് ദുഃഖമല്ല അതുകൊണ്ട് സുഖപ്രാപ്തികരമായ സാത്വിക കർമ്മത്തെ ചെയ്യാൻ നമ്മൾ ശീലിക്കുക സാത്വിക വിചാരം സാത്വിക ആഹാരം വ്യവഹാരങ്ങൾ സാത്വികമാക്കുക അങ്ങനെ ക്രമേണ നമുക്ക് നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന കർമ്മങ്ങളെ സാത്വികമാക്കാൻ പറ്റും വലിയ അളവോളം ബോധപൂർവമായ പരിശ്രമം വേണം സ്വാഭാവികമായിട്ട് സാത്വിക ആയിക്കോട്ടെ ക്കരുത് ബോധപൂർവമായ പരിശ്രമം വേണം ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഒന്ന് ചിന്തിക്കുക എന്നുള്ള രീതിയിൽ സത്വിക കർമ്മം ശീലിക്കുക രാജസികവും താമസികവുമായ കർമ്മത്തെ ഒഴിവാക്കാൻ ശീലിക്കുക ഇത് അഭ്യാസം കൊണ്ട് സാധിക്കും കാരണം നമ്മുടെ മനസ്സ് ബുദ്ധി ഇവ സംസ്കാര അനുസൃതമാണ് പ്രവർത്തിക്കുന്നത് മനസ്സിൽ നിന്ന് ബുദ്ധിയിൽ നിന്നാണ് എല്ലാ കർമ്മങ്ങളും പുറത്തേക്ക് വരുന്നത് അത് വാക്കായാലും നോക്കായാലും ഏതൊരു പ്രവൃത്തി ആയാലും അതുകൊണ്ട് അവയുടെ സാത്വികഭാവത്തിന് നമ്മൾ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും സാത്വികത നേടുക എന്നുള്ളത് മാത്രമേ വഴിയുള്ളൂ അത് ബോധപൂർവമായ പരിശ്രമത്തിലൂടെ നമുക്ക് സാധിക്കും കാരണം നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മളിൽ സംസ്കാരം ഉണ്ടാവുക ചെയ്യുന്നതിനനുസരിച്ചാണ് അതുകൊണ്ട് ഇതെല്ലാം സാത്വികമാക്കി കർമ്മം സാത്വികമാക്കി തീർത്താൽ അതിൻ്റെ ഫലം സുഖമാണ് ഇങ്ങനെ കർമ്മം സാത്വികമാവണമെങ്കിൽ നമ്മൾ നിശ്ചയമായും കർത്താവിനെ കുറിച്ച് ചിന്തിക്കണം കർത്താവിൻ്റെ സാത്വിക താമസിക ഭേദങ്ങൾ കർത്താവ് കർത്താവിൽ നിന്നാണല്ലോ കർമ്മം ഉണ്ടാവുന്നത് എങ്ങനെ കർമ്മം കർത്താവ് എന്നുള്ളിലെ കർത്താവിനെ ഞാനാകുന്ന കർത്താവിനെ എങ്ങനെ സാത്വികമാക്കി തീർക്കാം എപ്പോഴാണ് ഞാനാകുന്ന കർത്താവ് സാത്വികനാവുക അഥവാ രാജസിക്കാനും താമസിക്കാനും ആവുക ഇത് പഠിക്കണം അപ്പോഴേ പൂർണമായി നമ്മളിൽ നിന്ന് വരുന്ന കർമ്മങ്ങൾ സാത്വികങ്ങളാണെന്ന് പറയാൻ സാധിക്കും അത് നമുക്ക് നാളെ കൃത്യസമയത്തിന് ഒത്തുചേർന്ന് ചിന്തിക്കാം ഇവിടെ സംശയ നിവാരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു വിഷയം അറിയിക്കാം കൊളത്തൂർ അദ്വൈതാശ്രമം തൊണ്ണൂറ്റി രണ്ട് ഒക്ടോബർ മാസത്തിൽ സ്ഥാപിതമായി അവിടെ നിന്ന് ഇങ്ങോട്ട് നിത്യം നിരന്തരം സാമാന്യമായി സനാതനധർമ്മ പ്രചരണവും വിശേഷമായി വേദാന്ത ശാസ്ത്ര പ്രചരണവും ചെയ്തു വരുന്നു പരിപാടികളുണ്ട് പ്രതിമാസ വേദാന്ത ക്ലാസ്സുകളായാലും വാർഷിക അന്തര്യോഗങ്ങളും മറ്റ് ശിബിരങ്ങളായാലും അന്തേവാസികളായി താമസിച്ച് പഠിക്കുന്നവർക്കുള്ള ദീർഘകാല പഠന പദ്ധതികളായാലും അങ്ങനെ നിരവധി നിരവധി കാര്യക്രമങ്ങളുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരു മാസിക അദ്വൈതാശ്രമം സത്സംഗം എന്ന പേരിൽ പേരനുവദിച്ച് കിട്ടിയിട്ടുണ്ട് ഒരു മാസിക ആരംഭിക്കുകയാണ് അത് നല്ലൊരു നിലവാരമുള്ള വിശേഷമായി വേദാന്തശാസ്ത്രത്തെ പ്രസരിപ്പിക്കുന്നതിനും സാമാന്യമായി സനാതനധർമ്മത്തിൻ്റെ ഒരു ശക്തമായ ശബ്ദമായി തീരുന്നതിനും ഉദ്ദേശിച്ചു കൊണ്ടാണ് ആരംഭിക്കുന്നത് ശാസ്ത്ര പഠനത്തിനുള്ള പങ്ക്തികളുണ്ടാവും ഹിന്ദു സമൂഹത്തെ സംബന്ധിക്കുന്ന വാർത്തകളുടെ അപഗ്രഥനുണ്ടാവും മൊത്തം ഭാരതത്തിൽ പ്രസക്തമായി ചിന്തിക്കപ്പെടേണ്ടുന്ന ചില വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടാവും കുട്ടികൾക്കുള്ളൊരു ബാലപങ്കുണ്ടാവും സംശയ നിവാരണങ്ങൾ ഉണ്ടാവും ഏതെങ്കിലുമൊക്കെ വേദാംഗങ്ങൾ ഉപവേദങ്ങൾ പരിചയപ്പെടാനുള്ള അവസരം വിഭവങ്ങൾ ആലോചിച്ചിട്ടുണ്ട് അത് ഏപ്രിലിൽ തുടങ്ങണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ശങ്കര ജയന്തിയോടനുബന്ധിച്ച് ഒരു വർഷത്തേക്ക് വാർഷിക പരിസംഖ്യ മുന്നൂറ് രൂപയാണ് ഇപ്പോൾ നിശ്ചയിച്ചത് പരമാവധി പേര് അതിൽ അംഗങ്ങളായി ചേരുകയും അംഗങ്ങളായി ചേർക്കുകയും ചെയ്യണമെന്നാണ് പറയാനുള്ളത് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് സഹകരിച്ചാലേ അത് ഭംഗിയായിട്ട് വിജയിക്കും ഈ വിഷയം എല്ലാവരെയും അറിയിക്കുന്നു അതിൽ ചേരാനുള്ള സൗകര്യം ഇവിടെ തന്നെ കൗണ്ടറിലുണ്ട് അതും കൂടി പറയുന്നു ശരി വിധിയിൽ കുടുങ്ങിയാൽ എന്ത് ചെയ്യണം എന്നാണ് വിധിയിൽ കുടുങ്ങിയാൽ എന്ന് ചോദിച്ച സത്യം പറഞ്ഞ ചോദ്യം മനസ്സിലായിട്ടില്ല വിധിയിൽ കുടുങ്ങിയാൽ തുറന്ന് പറയണമല്ലോ ഇപ്പോഴും രണ്ടാമത് വായിച്ചിട്ടും ചോദ്യം മനസ്സിലായിട്ടില്ല ഈ വിധിയിൽ കുടുങ്ങാ പറഞ്ഞാൽ കോടതിയുടെയോ മറ്റോ വിധി ഉണ്ടായിട്ട് അതിൽ പെട്ടുപോയി എന്നാണോ എങ്കിൽ എന്താണോ വിധിക്കപ്പെട്ടത് അത് സന്തോഷത്തോടെ അനുഭവിച്ചു തീർക്കണം അതല്ല വിധി വാദത്തിൽ കുടുങ്ങുക എന്നുള്ളതാണോ എല്ലാം വിധി നമ്മളായിട്ടൊന്നും പരിശ്രമിക്കുകയും വേണ്ട നമ്മളായിട്ടൊന്നും ചെയ്യേം വേണ്ട എല്ലാം സംഭവിക്കുന്നത് ഭഗവാന്റെ വിധിക്കനുസരിച്ചാണ് ഈ ഒരു സങ്കല്പത്തിൽ കുടുങ്ങിപ്പോയാൽ എന്തു ചെയ്യണം ഇരിക്കുന്നിടത്ത് ഇരുന്നോളണം അവൻ ഉയർച്ചയില്ല എല്ലാം ഭഗവാന്റെ വിധിയെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ ഒരു മേഖലയിലും പ്രയത്നം ചെയ്യില്ല അവൻ ഉയരാൻ ശ്രമിക്കില്ല അവൻ കുടുങ്ങിയെടുത്ത് കുടുങ്ങിയിരുന്നോള ഇനി അതല്ല നിരന്തരം എൻ്റെ നിയന്ത്രണത്തിലല്ലാത്ത പലതരം പീഡാനുഭവങ്ങൾ എനിക്ക് വന്നു ചേരുന്നു അങ്ങനെ ഈശ്വരീയമായ ഒരു നിയമക്രമത്തിന് വിധിക്ക് വിധേയനായി ഞാൻ കുടുങ്ങിപ്പോകുന്നു ഇതാണോ പ്രശ്നം അങ്ങനെയാണെങ്കിൽ പരമാവധി സത്കർമ്മങ്ങളെ ചെയ്യുക ജീവിതത്തിലാവുന്നത്ര സത്കർമ്മങ്ങളെ ചെയ്യുക എത്ര സത്കർമ്മങ്ങളെ ആകാമോ അത്രയും അനുഷ്ഠിക്കുക കാരണം വിധി എന്ന് പറയുന്നത് ചിലര് യോഗം ചിലര് തലയിലെഴുത്ത് ചിലര് ഈശ്വരനിശ്ചയം ഇങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചൊരു വിഷയം ഈ നല്ലതിനെ കുറിച്ച് അങ്ങനെ പറയണത് കുറവാ ഭഗവാന് നമ്മളെപ്പോഴും ചീത്തയാ കൊടുക്കാറ് നല്ലത് നമ്മൾ എടുക്കാറാ പറയോ അവന്റെ ഒരു വിധി കണ്ടുവറിയും എപ്പോ എന്തെങ്കിലും കഷ്ടപ്പാടൊരാൾ അനുഭവിക്കുന്നത് കണ്ടാൽ നേരെ മറിച്ച് നല്ലൊരു അവസ്ഥയിലേക്ക് ഉയരുന്നത് കണ്ടാൽ അവൻ്റെ ഒരു വിധി കണ്ടോ എന്ന് പറയാറില്ല ഓ മുട്ടക്കുണ്ടോ പഠിച്ചു നേടിയല്ലോ ഗംഭീരനാണേ മുട്ടക്കനാണ് നന്മകളെ പൊതുവേ നമ്മൾ ഷെയർ എടുക്കുകയും തിന്മയുടെ ഷെയർ ഭഗവാൻ കൊടുക്കുകയാണ് പൊതുവെ ലോകത്തിൽ കണ്ടുവരുന്നത് കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് വയനാട്ടിലൊരു സ്ഥലത്ത് കൽപ്പറ്റ അടുത്താണ് നമ്മൾ പ്രഭാഷണത്തിന് പോയതാണ് വളരെ പരിചയമുള്ള ഒരാൾ വളരെ പരിചയമുണ്ട് അടുത്ത പരിചയമുള്ള ആളാണ് വളരെ സന്തോഷത്തിലാണ് എന്തൊരു സന്തോഷ മനുഷ്യനാണു ഇങ്ങനെ വേണം ഇത്ര സന്തോഷം എന്താ സ്വാമി നല്ല വിളവ് കാപ്പിക്ക് കാപ്പിക്ക് നല്ല വിളവെന്ന് മാത്രമല്ല ഇപ്രാവശ്യം നല്ല വിലയും നിറയെ ണ്ടായി എല്ലാം പാകപ്പെട്ടു സന്തോഷം എന്താ അതിന് കാരണം ഞങ്ങളെല്ലാവരും നല്ല രീതിയിലൊക്കെ ചെയ്തിരുന്നു ഒക്കെ നന്നായി ചെയ്തിരുന്നു വേണ്ട സമയത്ത് വേണ്ടതൊക്കെ ചെയ്തു ഞങ്ങൾ കൃഷിക്കാരുടെ ഒരു ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് വേണ്ട പരിപാലനം ചെയ്തു അങ്ങനെ സംഘടിതമായ പ്രവർത്തനം കൊണ്ട് നല്ല വിളവുണ്ടായി സന്തോഷം ഈ സന്തോഷം എപ്പോഴും നിങ്ങൾക്കുണ്ടാവട്ടെ അവിടെ ഒരു പരിപാടിക്ക് പോയതായിരുന്നു ഏറെക്കുറെ അതേ കാലഘട്ടത്തിലാണ് പിറ്റത്തെ വർഷം നമ്മൾ അതേ സ്ഥലത്ത് പോണത് കക്ഷിയെ കണ്ടു പാടിക്കോമ്പിയ മുഖം തീരെ സുഖമില്ല വളരെ ദുഃഖം എന്താ പറ്റിയത് എന്ത് ചെയ്യ സ്വാമി ഒക്കെ ഭഗവാന്റെ ഒരു എന്താ പറയൂ നല്ല പൂത്തിരുന്നു കാപ്പിയൊക്കെ അപ്പോഴാ ഒരു ഒട്ടുക്കത്തെ മഴ മൂന്നാല് ദിവസം മേഘം മൂടിക്കടന്നു പിന്നെ ഒരു മഴയെ മുഴുവൻ ഉണങ്ങി തൊഴിഞ്ഞു പോയി പത്തിലൊന്നുപോലും കാപ്പി കിട്ടിയില്ല വന്നപ്പോഴത്തേക്കോ വിലയില്ല അതെന്താ എല്ലാം ഭഗവാന്റെ നിശ്ചയം അപ്പൊ ഞാൻ കഴിഞ്ഞ പോലെ നന്നായി കിട്ടിയപ്പത് ഭഗവാന്റെ നിശ്ചയം എന്ന് പറഞ്ഞില്ലല്ലോ ആ അതെന്താ ഇത് ഭഗവാന്റെ നിശ്ചയം അതും ഭഗവാന്റെ നിശ്ചയമല്ലേ അത് നിങ്ങളുടെ കഴിവാണെങ്കിൽ ഇത് നിങ്ങളുടെ കഴിവ് കേടല്ലേ പക്ഷെ പലപ്പോഴും നമ്മൾ വേദിക്ക് അങ്ങനെയാണ് അതുകൊണ്ട് മനസ്സിലാക്കുക അത് ശരിയല്ല ഇന്ന് നമ്മൾ വിധിയെന്നോ തലയിലെഴുത്തെന്നോ യോഗമെന്നോ ഒക്കെ പറയുന്നത് വേറെ ഏതോ ഒരു ദൈവം എവിടെന്നോ നിശ്ചയിച്ചതല്ല മറിച്ച് നമ്മുടെ കർമ്മങ്ങളുടെ ഫലരൂപമാണ് ഇന്നലകളിലെ നമ്മുടെ കർമ്മങ്ങളുടെ ഫലരൂപമാണ് ഇന്നലെകളിലെ നമ്മുടെ കർമ്മത്തിൻ്റെ ഫലരൂപമാണ് ഇന്നനുഭവിക്കുന്നത് അതുകൊണ്ട് നാളെ എങ്കിലും നല്ലത് അനുഭവിക്കണമെങ്കിൽ ഇന്നെങ്കിലും നല്ലത് ചെയ്യണം അതുകൊണ്ട് വിധിയിൽ കുടുങ്ങി എന്നാണെങ്കിൽ നന്മ ചെയ്യണം നല്ലത് പറയുക നല്ലത് ചെയ്യാം നല്ല നല്ല സംഘങ്ങൾക്ക് സത്സംഗങ്ങൾ ചെയ്യാം സദ്വിചാരങ്ങൾ ചെയ്യുക സത്കർമ്മങ്ങൾ ചെയ്യുക എവിടെ കഷ്ടപ്പാടും ദുഃഖമുണ്ടോ അവിടെ നമ്മുടെ സേവനം എത്തിക്കുക എന്തൊക്കെ ക്ലേശങ്ങളുണ്ടോ നമ്മളാൽ കഴിയുന്നതിനെ ഇല്ലാതാക്കാൻ പരിശ്രമിക്കുക ഈശ്വര ഭജന ചെയ്യാം ഈശ്വര വിചാരം ചെയ്യുക നാമജപം ചെയ്യുക കീർത്തനങ്ങൾ ചെയ്യുക ഇങ്ങനെ എന്തെല്ലാം സത്കർമ്മങ്ങൾ നമുക്ക് അനുഷ്ഠിക്കാൻ പറ്റുമോ അതൊക്കെ അനുഷ്ഠിക്കുക അതാണ് ഈ പറഞ്ഞ അർത്ഥത്തിൽ വിധിയിൽ കുടുങ്ങിയാൽ അപ്പൊ പല ചോദ്യ സ്പഷ്ടമല്ലാത്തത് കൊണ്ടാണ് പല സാധ്യതകളെ വെച്ച് മറുപടി പറഞ്ഞത് ഇതിൽ എന്താണോ അർത്ഥം ഉദ്ദേശിച്ചത് അതിന് മറുപടി എടുത്തോളുക ഇതൊന്നുമല്ല ഉദ്ദേശിച്ചാൽ നാളെ സ്പഷ്ടമായിട്ട് എഴുതി തരും നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നാരകം വെച്ച് പിടിപ്പിക്കുന്നത് ദോഷം ചെയ്യുമോ ചെറുനാരകാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ദിവസം ഒരു ചെറുനാരങ്ങ എങ്ങനെയെങ്കിലും അകത്താക്കിയാൽ അയാൾക്ക് രോഗങ്ങൾ ഉണ്ടാവില്ല അത്ര നന്മയാണ് കേവലം വൈറ്റമിൻ സി രോഗപ്രതിരോധ ശക്തിയെ നൽകുന്ന വൈറ്റമിൻ സി ഉദ്ദേശിച്ച് മാത്രമല്ല ഈ പറഞ്ഞത് ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ വളരെയധികം ആൻറ്റി ഓക്സിഡൻസ് ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് ചെറുനാരങ്ങ ക്കരുതേ പാകത്തിന് പാകത്തിനെത്തിയാൽ ഒരു വീട്ടിലേക്ക് ഒരു സാമാന്യ കുടുംബത്തിന് ഒരു ഒന്നോ രണ്ടോ ചെറുനാരങ്ങ മതി ദിവസം അപ്പൊ വീട്ടിലൊരു നാരകം ഉണ്ടെങ്കിൽ ഇത് ദിവസവും കിട്ടും അത്രയും നന്മയാണ് ഇപ്പൊരു നാരകം വീട്ടിൽ കുഴിച്ചിട്ടാൽ അത്ര നന്മയാണ് ഒന്നുമില്ലെങ്കിൽ അതിന് പോയിട്ട് അതിന്റെ സുഗന്ധം അനുഭവിക്കണം അതിന്റെ സുഖം വേറെ ഒന്നുമില്ലാച്ചാൽ അവർ അല്പം ഓരോ അയിൻ്റെ രണ്ട് ഇലയും ചതുക്കിയിട്ടാൽ അത് കുടിക്കാനൊരു സുഖ എങ്ങനെ നോക്കിയാൽ ഒന്നാം തൊരു ഔഷധമാണ് പല ഈ വിദ്രഥികൾക്ക് വ്രണങ്ങൾ പഴുപ്പുകൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഉത്തമ ഔഷധമാണ് ത്വഗ്രോഗങ്ങൾക്ക് കൺകണ്ട മരുന്നാണ് ചെറുതാരകം ഒരു മോശമില്ലായിരുന്നു ഇങ്ങനെയുള്ളൊരു നിധി വെച്ച് പിടിപ്പിച്ചാ ദോഷം ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിനെന്താ പറയുക നമ്മളെല്ലാം അങ്ങനെയാ നല്ലതൊന്നും പാടില്ല ചീത്ത ഒക്കെ ആവാം പറമ്പിലെങ്ങാണ്ടൊരു അത് മുറിച്ചു മാറ്റും അശോകം വീട്ട് പാടില്ല ഒരു വേപ്പുണ്ടെങ്കിൽ അത് മുറിച്ചു ഒരു ചെമ്പകുണ്ടെങ്കിൽ അത് മുറിച്ചു ഒന്നറിയുക പുരുഷന്മാർ മാത്രം താമസിക്കാൻ എവിടെയെന്ന് വെച്ചാൽ കുഴപ്പമില്ല സ്ത്രീകളെ സംബന്ധിച്ച് അശോകത്തിൻ്റെ ഗന്ധമേൽക്കുന്നത് പോലും നല്ലതാണ് അശോകത്തിൻ്റെ കാറ്റുപോലും സ്ത്രീകൾക്ക് നല്ലതാണ് സ്ത്രൈണങ്ങളായ സകല രോഗങ്ങൾക്കുമുള്ള ഔഷധമാണ് അശോകം എല്ലാ വീട്ടിലും ഒരു തയ്യെങ്കിലും ഒഴിച്ചുക പക്ഷെ നമ്മൾ ഇത്തരം നല്ലതിനെയൊക്കെ നമ്മൾ ഉപേക്ഷിച്ചു എന്നിട്ട് വരി നെക്ക ഇംഗ്ലീഷ് വരുന്ന പീഡിയല്ല അല്ലാണ്ടോ ചെമ്പകം ഒരു ചെമ്പകം ഉണ്ടെങ്കിൽ എത്ര സുഖ എന്തൊരു സുഗന്ധം രാവിലെ തന്നെ ചെമ്പകത്തിൻ്റെ സുഗന്ധമൊക്കെ അനുഭവിച്ചുകൊണ്ടൊരു ദിവസം ആരംഭിക്കുമ്പോൾ അന്നൊരു നല്ല ഉന്മേഷം ഉണ്ടാവും ഇങ്ങനെ നന്മ ഉള്ളതിനൊക്കെ നമ്മൾ ഉപേക്ഷിച്ചു എന്താ ചെയ്യുക തിനേക്കാൾ ഒക്കെ ഉണ്ട് കൽപ്പമായിട്ടുള്ള ഒരു സാധനത്തിന്റെ പേര് പറയാം കൂവളം കൂവളം കൽപ്പമാണ് ബില്ലം കൽപ്പം പറഞ്ഞാൽ എന്താണോ ദോഷം അതിന് നീക്കുന്നത് അപ്പൊ ശീതപ്രകൃതി അത് ഉഷ്ണമാകും ഉഷ്ണപ്രകൃതി അത് ശീതമാകും കപപ്രകൃതിയുള്ളവർക്ക് അത് കപഹരമാകും വാദപ്രകൃതി ഉള്ളവർക്ക് വാദഹരമാകും പിത്തപ്രകൃതി ഉള്ള പിത്തഹരമാകും ഇങ്ങനെ പ്രവർത്തിക്കുന്നതാണ് ശാസ്ത്രത്തിൽ കൽപ്പം എന്ന് പറയുന്നത് കൽപ്പമാണ് കൂവളം വില്വം നമ്മൾ വീട്ടിൽ അനുവദിക്കില്ല യോ വീട്ടിൽ കൂവളം വെക്കാനോ പറ്റില്ല നാശം വരും പാട്ടിനെ മുറിച്ച് മാറ്റും അപ്പോ നാളിലാൾ പറഞ്ഞോ സ്വാമി അത് കൂവളം കുഴിച്ചിട്ട് ആളുടെ തുടയുടെ വലുപ്പം മരാവുമ്പോഴത്തേക്ക് ആള് മരിച്ചു പോകും അത് ശരിയാ അത് പറഞ്ഞാൽ ശരിയാ കാരണം മനുഷ്യന്റെ ആയുസ് നൂറ് കൊല്ലാണ് സാമാന്യ ഒരു ഒരു ഒരു പത്ത് വയസ്സൊക്കെ ആയിട്ടില്ലേ കുഴിച്ചിട്ടുള്ളൂ അതിനേക്കാൾ മുമ്പ് കുഴിച്ചിട്ടുവോ അപ്പൊ ഒരു തൊണ്ണൂറ് കൂളത്തിന്റെ തടി തൊടയിട അത്ര കാലം പിടിക്കും അത്ര പതുക്കേ വളരും ധാരാളം വെള്ളം കിട്ടണ പ്രദേശത്തിന് അപവാദമുണ്ട് സാധാരണ ഭൂമിയിൽ അത് ചില കുഴിച്ചിടായിരിക്കാൻ കൂളം വലുതായതുകൊണ്ടാണോ നമ്മൾ ഭരിച്ചത് നമ്മുടെ പ്രാരബ്ദം കഴിഞ്ഞോണ്ടല്ലേ ഇങ്ങനത്തെ ഓരോ വിഡിത്തങ്ങൾ ദയവ് ചെയ്ത് ഒഴിവാക്കുക കുറച്ച് ശാസ്ത്രീയവും യുക്തിയുക്തവുമായ സമീപനം ഉണ്ടാവുക അല്ല സ്വാമി അശോകം നട്ടാൽ ദുഃഖം ആര് പറഞ്ഞു എൻ്റെ പേരെ അശോകം എന്നാണ് അശോകം അശോകം ശോകമില്ലാത്തത് ശോകത്തെ നശിപ്പിക്കുന്നത് എന്തോ അത് അശോകം ശോകമില്ലാത്തത് എന്തോ അത് അശോകം എൻ്റെ പേരേ ദുഃഖം അങ്ങനെയല്ല സ്വാമി പിന്നെ സീത ദുഃഖം അനുഭവിച്ചില്ലേ അതെയാണ് എന്താ കാരണം സീത ദുഃഖ അനുഭവിക്കാൻ അശോകത്തിൻ്റെ ചുവട്ടിലിരുന്നിട്ടാ സീതയ്ക്ക് ദുഃഖം ഉണ്ടായത് വീട്ടിത്തം പറയരുത് സീതയ്ക്ക് ദുഃഖമുണ്ടായത് രാവണം പിടിച്ചു കൊണ്ടുപോയതുകൊണ്ടാണ് സീതയ്ക്ക് ദുഃഖനിവൃത്തി വന്നത് അശോകവനികയിൽ ഇരുന്നതുകൊണ്ടാണ് അവിടെ നിന്നാണ് ഹനുമാൻ കണ്ടുമുട്ടിയത് ഹനുമാൻ കണ്ടുമുട്ടിയതുകൊണ്ടാണ് സീതയ്ക്ക് ദുഃഖനിവൃത്തി ഉണ്ടായത് ഇനി സീത ഇരുന്നത് അശോകത്തിൻ്റെ ചൂട്ടിലല്ല ശിംഷപ്പ വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് ശിംഷപ്പ ഒരിക്കലും അശോകമല്ല അത് വേണമെങ്കിൽ നമുക്ക് പറയാം ഇരുൾ വർഗത്തിൽപ്പെട്ടൊരു മരമാണ് ഇരുളല്ല ഇരുൾ വർഗത്തിൽപ്പെട്ടൊരു മരമാണ് ശിംഷപ്പത് അശോകമല്ല അശോക വനികയുടെ പേരാണ് അവിടെ ഇരുന്നുകൊണ്ടാണ് സീതയുടെ ദുഃഖം തീർന്നത് ദുഃഖം ഉണ്ടായത് അവിടെ ഇരുന്നോണ്ടല്ല രാവണം പിടിച്ചുകൊണ്ടുപോയതുകൊണ്ട് രാവണം വാക്ക് നിയന്ത്രിക്കാത്തത് ദുഷിച്ച വാക്ക് ലക്ഷ്മണനോട് പറഞ്ഞതുകൊണ്ട് അവിടെ ദുഷിച്ച വാക്ക് പറയാതിരിക്കുക അതാ വേണ്ടത് അശോകം കുറച്ചു മാറ്റമല്ല ദുഷിച്ച വാക്ക് പറഞ്ഞാൽ നമ്മളെയൊക്കെ ആരെങ്കിലും പിടിച്ചോണ്ടോ സംശയല്ല അവിടെ നാഗമധുരമാവുക ദുഷ്ടിച്ച വാക്ക് പറയാണ്ട് ശ്രീത് അവിടെ ഇരുന്നിരുന്നെങ്കിൽ ലക്ഷ്മണം കാവലുണ്ടാവുമായിരുന്നു ലക്ഷ്മണം കാവലുണ്ടെങ്കിൽ രാവണൻ അവിടെ പിടിക്കുന്നു ചിന്തിക്കുഷിച്ച വാക്ക് പറഞ്ഞു ചിന്തിക്കാൻ പറ്റാത്ത വാക്കുവോ ഭീകരമായ വാക്കുകൾ ലക്ഷ്മണം പോലും പറഞ്ഞു പോയി ശരി നാരകം വെച്ചിടം നാരി കയർത്തിടം ആ അങ്ങനെ ഉണ്ടോ നാഥൻ ഇല്ലാത്തിടം എന്നൊക്കെ പഴഞ്ചൊല്ലിൽ പറഞ്ഞു കേൾക്കുന്നു നാരകം വെച്ചിടം ദുഃഖം ഉണ്ടാവും അടുത്ത് പോരുത് മുള്ളുണ്ടാവും ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോണം അത്രയേ ഉള്ളൂ അങ്ങോട്ട് കയറി പിടിച്ചേക്കരുത് നാരക നല്ല സാധനമാണ് ശ്രീകാന്തപിസായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നോക്കാണ്ട് പിടിച്ചേക്കാം ദുഃഖം നോക്കി ചെയ്യുക അങ്ങനെ പനിനീർ ദുഃഖം എല്ലാത്തിനും അത് കരുതി പെരുമാറണം അത്രയേ ഉള്ളൂ നാരദ നട്ടടുത്ത് വേറൊരു കുഴപ്പവും ഇല്ല നാരി കയർത്തിടം ചിലടത്ത് നാരി മികച്ചിടം കേട്ടിട്ടുണ്ട് നാരി മികച്ചിടം നാരി മികച്ചിരിക്കുന്ന സ്ഥലം അതെങ്ങനെയാ നിങ്ങൾ തീരുമാനിച്ചോളാം നമ്മളഭിപ്രായം പറയുന്നില്ല നാരി കയർത്തരുത് ആര് കയർത്താലും ദുഃഖം നരൻ കയർത്താലും ദുഃഖം നാരി കയർത്താലും ദുഃഖം നരനും കയറിക്കരുത് നാരിയും കയറിക്കരുത് പക്ഷേ മികച്ചിടം എന്ന് പറഞ്ഞിടത്ത് എന്താച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോളായിരുന്നു ചീദാനന്ദപുരസ്വാമിയ പറഞ്ഞിട്ട് നാളെ പോലാ പാവണ്ട പിന്നെ നാഥനില്ലാത്തിടം അത് ക്ഷയിക്കുന്നുറപ്പാ നാഥൻ വേണം അത് ഇതായിട്ട് ബന്ധപ്പെടുത്തരുത് ഈ പഴഞ്ചൊല്ലിൽ പഴതിരില്ല എന്നൊക്കെ പറഞ്ഞാലും എല്ലാ പഴയ ചൊല്ലും പഴഞ്ചൊല്ല പഴമക്കാർ പറഞ്ഞതിലും നല്ലതും ചിത്തയുമുണ്ട് വിഡിത്തവും ഉണ്ട് യുക്തിയുക്തവും ഉണ്ട് അത് യുക്തിപൂർവ്വം വേണ്ടത് സ്വീകരിക്കുക അത്രേ പറയാനുള്ളൂ നമ്മൾ കത്തിച്ച വിളക്ക് ഊതി കെടുത്തുന്നത് ദോഷം ചെയ്യുമോ വിളക്ക് ഊതിക്കെടുത്തത് നമ്മുടെ ഒരു പതിവല്ല നമുക്ക് അന്ധകാരത്തിൽ നിന്ന് നമ്മളെ പ്രകാശത്തിലേക്ക് നയിച്ചാലും എന്ന പ്രാർത്ഥനയോടുകൂടി അഗ്നി ഭഗവാനെ തൻ്റെ ദീപത്തിലേക്ക് ആവാഹിച്ചിരിക്കുകയാണ് അവന് ഊതാറില്ല ഊതിക്കെടുത്താറില്ല ദോഷം ചെയ്യുമോ എന്ന് വെച്ചാൽ ഗുണം ചെയ്യില്ല എന്തായാലും ഇത്രയും പറയാൻ പറ്റൂ ദോഷം ചെയ്യുകയെന്ന് വെച്ചാൽ എന്താ പറയുക സമ്പ്രദായമല്ല നമ്മുടെ ആചാരമല്ല ആചാരഭംഗം എന്ന ദോഷം ചെയ്യും ആചാര ഭംഗം എന്നെ ദോഷം ചെയ്യും ചില ചില ആചാരങ്ങളുടെ തലമുറകളായി തലമുറകളായി ആ കൈമാറലിലൂടെയാണ് ധർമ്മം നിലനിൽക്കുന്നത് അത് എങ്ങനെയാണ് അണക്കണം എന്ന് പറഞ്ഞു തന്നാലും എന്തിനാ അണക്കണത് ജൊലിക്കട്ടെ അണക്കണം നിർബന്ധമുണ്ടോ എന്തെങ്കിലും ഒരു വസ്തു എടുക്കുക ഒന്നങ്ങ് അമർത്തി കൊടുക്കുക അണഞ്ഞ ചെറിയ ദീപം വേണോ കൈ കൊണ്ടൊന്നെ അണഞ്ഞു കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു വസ്തു എടുത്തിട്ടൊന്ന് സ്പർശിക്കുക അണഞ്ഞുകഴിഞ്ഞു ആ ഇനി എന്തിനാ പണക്കാൻ പോകണമെന്ന് മനസ്സിലായില്ല ജലിപ്പിക്കല്ലേ വേണ്ടത് അതിലെ തിരികൾ ഏതെല്ലാം ദിശയിലേക്ക് എത്ര എണ്ണം അറിയില്ല നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളൂ എന്താ സ്വാമി അതൊരു വല്ലാത്ത മറുപടിയാണല്ലോ അതേ ഇഷ്ടം പറഞ്ഞോളൂ അല്ലാണ്ടും എന്ത് പറയുന്നത് എത്ര തിരിയാണ്ട് ചിരാതമ്പി സ്വാമി എങ്ങനെയാ പറയാം ഓരോ നാട്ടിൽ എങ്ങനെയാണോ ആചരിച്ചു വരണത് അങ്ങനെ ചെയ്തോളൂ നമ്മൾ അമ്മയായിട്ട് എന്താണോ ഒട്ട് കാണിച്ചതെന്ന് അങ്ങനെ നമ്മളും തുടർന്നോളൂ അമ്മമ്മയായിട്ട് മുത്തശ്ശിയായിട്ട് എന്ത് കാണിച്ചതെന്ന് അത് ഈ ആചരണ വിഷയത്തിൽ അത്രേ പറയാൻ പറ്റൂ പല നാട്ടിൽ പല ആചാരം ചിലത് മാത്രം ശരി ചിലത് തെറ്റെന്ന് പറയുന്നത് മൗഢ്യമാണ് ഒന്നുകൂടി സ്പഷ്ടമാക്കിയാൽ കേരളത്തിൽ മാത്രം നമ്മൾ സംസാരിക്കുമ്പോൾ കേരളത്തിൽ മാത്രമാണ് സംസാരിക്കുന്നതെങ്കിൽ പലരും പറയാറുണ്ട് ആ സന്ധ്യാദീപം വെക്കുമ്പോൾ ഒന്നുകിൽ അഞ്ച് തിരിയാവണം അല്ലെങ്കിൽ രണ്ട് തിരിയാവണം രണ്ട് ആണെങ്കിൽ കിഴക്ക് പടിഞ്ഞാറ് ദിക്കിലോട്ടായിരിക്കണം അഞ്ച് ആണെങ്കിൽ നാല് ദിക്കുകളിലേക്കും ഓരോന്നും ഈശാന കോണിലേക്കും ഒന്നും ആയിരിക്കണം എന്ന് പറയും കേരളത്തിൽ മാത്രം സംസാരിക്കുന്ന ഒരാൾ ഇതേ ശരിയുള്ളു പറയാൻ പാടില്ല മാത്രമല്ല അവർ പ്രസംഗത്തിൽ ഒന്നും കൂടി അങ്ങ് പറഞ്ഞിട്ടേക്കും ഈ ഒറ്റ തിരിയുണ്ടല്ലോ അത് പ്രേതകർമ്മത്തിന ഉപയോഗിക്കുക എന്നും പറഞ്ഞിട്ടേക്കും അപ്പോ ഉത്തരഭാരതത്തിലുള്ളവരൊന്നും ഹിന്ദുക്കളല്ലേ അവിടെയൊക്കെ സന്ധിക്കായാലും ഒരു തിരിയിട്ട് കത്തിക്കും ഒരു തിരിട്ട് കത്തിക്കും ഹിന്ദുക്കളല്ലേ പ്രേതകർമ്മ ചെയ്യണത് അതുകൊണ്ട് ഓരോ നാട്ടിലും ഓരോ ആചാരം എന്താണോ നമ്മുടെ പിതൃ പിതാമഹന്മാരായി പറഞ്ഞു തന്നത് കാണിച്ചു തന്നത് അത് അനുവർത്തിക്ക അതേ പറയാണ്ട് ഈ ആചാര വിഷയങ്ങളൊക്കെ അങ്ങനെയാണ് എല്ലാ വിഷയം ഈ ഒരു നാട്ടിൽ തന്നെ ജീവിക്കുന്നവർക്ക് വലിയ കുഴപ്പമില്ല നമ്മളെപ്പോലെ പലയിടത്തും തീണ്ടുന്ന ആൾക്കാർക്ക് കുഴപ്പമാണ് കേരളത്തിൽ തന്നെ കേരളത്തിലാണല്ലോ പ്രായണ വാഴയിലയിൽ ചോറ് തരുക ഇവിടെയൊക്കെ ഊണ് കഴിച്ചു കഴിഞ്ഞാൽ ഇല അങ്ങട്ട് മുടക്കണം തെക്കൻ കേരളത്തിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ടും മുടക്കണം ഇവിടെ മാത്രം ഇരിക്കുന്ന ഒരു കാണിച്ചാൽ പ്രശ്നമില്ല അവിടെ മാത്രം ഇരിക്കുന്ന ഒരു കാണിച്ചാൽ പ്രശ്നമില്ല ഞങ്ങളെപ്പോലുള്ള തൊണ്ടികൾക്ക് വലിയ പ്രശ്നമാണ് അപ്പൊ ഒരു വഴി കണ്ടുപിടിച്ചു ചിദാനന്ദപുരസ്വാമി പകുതി അങ്ങോട്ടും മുടക്കും പകുതി ഇങ്ങോട്ടും മുടക്കും ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസം നല്ല സ്വാമിയായി ചിതാനന്ദപുരുസ്വാമി ഒരു പ്രശ്നമില്ല എന്താ പ്രശ്നം പകുതി അങ്ങോട്ടും മടക്കുക പകുതി ഇങ്ങോട്ടും മടക്കുക എന്താ പ്രശ്നം അതെ മടക്കണം എന്നല്ലേ ഉള്ളൂ എങ്ങനെ മടക്കിയത് ഇതിനൊക്കെയാണോ നമ്മൾ തല്ലുകൂടീ തല്ലുകൂടുക അതിന്റെ കാരണം അറിയാം അതും അറിയില്ല വെറുതെ ഒരു അനുഭവം പറഞ്ഞുതരാം ഇത് ഉണ്ടായൊരു സംഭവം പറഞ്ഞുതരാം തെക്കൻ കേരളത്തിലെ ഒരു ക്ഷേത്രത്തില് നമ്മളൊരു പ്രഭാഷണത്തിന് പോയി അവിടെ എന്തൊരു വിശേഷ ധാരാളം പേരുണ്ട് ഭക്ഷണം കഴിക്കാൻ വളരെ സന്തോഷം തോന്നി എന്തിനാ ധാരാളം പേര് ഭക്ഷണം കഴിക്കാൻ വന്നതു കൊണ്ടല്ല സന്തോഷം തോന്നിയത് മറിച്ച് അവർക്കൊക്കെ വിതരണം ചെയ്യാൻ വിളമ്പി കൊടുക്കാൻ വേണ്ടതൊക്കെ നോക്കാൻ ധാരാളം ചെറുപ്പക്കാരുണ്ട് ധാരാളം ചെറുപ്പക്കാര് ആശ്രമത്തിൽ സേവനം ചെയ്യുന്നത് കണ്ടപ്പോ വളരെ സന്തോഷം തോന്നി ചുരുക്കം ആശ്രമങ്ങളിലേ അങ്ങനെ കാണാറുള്ളൂ അപ്പൊ അത് കണ്ട ഉറപ്പാണ് അവിടുത്തെ മഠാധിപതി വളരെ നല്ല രീതിയിൽ പെരുമാറി യുവജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിൽ ഒക്കെ സ്നേഹപൂർവ്വമുള്ള വ്യവഹാരം ഉണ്ടെന്ന് ഉറപ്പാണ് അല്ലെങ്കിൽ അങ്ങനെ സാധിക്കില്ല ശരി നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്നു തൊട്ടടുത്തൊരു കാരണവരായിരുന്നു അത് ഒരു എഴുപത് എഴുപത്തിയഞ്ച് വയസ്സ് കാണും ഒരു ചെറുപ്പക്കാരൻ വന്ന് ഇലട്ടങ്ങളെ സ്പീഡ് പോവുക കാരണം ഇത്രയും പേർക്ക് ഇലട്ടനായി സ്പീഡ് തെട്ട് പോവുക കഷ്ടകാലത്ത് ഇലട്ടത് തിരിച്ചായിപ്പോയി തിരിച്ചായി പോയി ഇയാളൊരു ചാട്ടം നിങ്ങൾ സംസ്കാരമില്ലാത്തവർ ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താണെന്നറിയില്ല ചെയ്യരുതാത്തത് എന്താണെന്ന് അറിയില്ല അല്ലെ ഇങ്ങനെയാണ് ഈ ചെറുപ്പക്കാരൻ ആകെ മുഖമൊക്കെ അങ്ങോട്ട് വാടിപ്പോയി പ്രായത്തിന് സ്വാഭാവികം അയാൾ ഉത്സാഹത്തിൽ ചെയ്തതാ പാവം നല്ലത് വിചാരിച്ച് ചെയ്താൽ അയാൾ ഇങ്ങനെ വഷളാക്കുന്നത് ആകുമ്പോൾ അയാൾക്കൊരു അയാളെന്തോ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചാൽ മുഖം പാടേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും വാടി ഒരു സുഖല്ലല്ലോ പാടി അയാളങ്ങ് പോവുകയും ചെയ്തു കൊറച്ചു ദൂരെ നിന്ന് ആ ചെറുപ്പക്കാരനങ്ങനെ നോക്കുന്നുണ്ട് നമ്മളെ അയാളങ് പോയ സമയത്ത് നമ്മള് കാരണരോട് ചോദിച്ചു അല്ല നിങ്ങൾ ഇങ്ങനെ ഈ ചെറുപ്പക്കാരനെ നിരക്ക് തട്ടി കയറിയില്ലേ സ്വാമി അതെ പിന്നെ വേണ്ടേ അവന് സംസ്കാരം വേണ്ടേ ഇങ്ങനെയല്ല ഇടുക അല്ല സമ്മേശു ഇങ്ങനെയല്ല ഇടണ്ടത് പക്ഷെ അയാൾക്ക് അത് അറിയാത്തോണ്ടല്ലേ നമ്മൾ സൗമ്യമായി പറഞ്ഞുകൊടുക്കല്ലേ നമ്മൾ വേണ്ടത് അതിരിക്കട്ടെ എന്തിനാപ്പ അങ്ങനെ തന്നെ ഇടണം ഇയാൾ ഇട്ട് എന്താ തെറ്റുള്ളത് നിങ്ങൾ വിചാരിച്ച പോലെ എന്തിനാ അയാൾ ഇടണം നിങ്ങൾക്ക് നിർബന്ധം എങ്ങനെ ഇട്ടാ എന്താ അല്ല സ്വാമി അത് അങ്ങനെയാണ് വേണ്ടത് അങ്ങനെയാണ് നമ്മളെ പാരമ്പര്യമായിട്ട് പോരണത് എന്നാലും എന്തായാലും കാരണം എന്ന് പറഞ്ഞു തരുമോ അതങ്ങനെയാ വേണ്ടത് നിങ്ങൾ കാരണം പറഞ്ഞു തരുമേ കാരണമൊന്നും എനിക്കറിയില്ല സ്വാമി എന്നാ പിന്നെ അങ്ങനെ വാ നേരെ വഴിക്കുവാ എന്നാ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഏത് കൈ കൊണ്ടാ ഭക്ഷണം കഴിക്കണത് ബലത്തെ കൈ കൊണ്ട് അപ്പൊ ഏത് ഭാഗത്താണ് ഇലക്ക് വീതി വേണ്ടത് ഈ ബലത്തെ കൈ ചെല്ലുന്ന ഭാഗത്താണ് വീതി വേണ്ടത് കുഴച്ച് കഴിക്കാൻ അതുകൊണ്ടാണ് വീതി ഉള്ളത് വീതി കൊറഞ്ഞ നാക്ക് ഇങ്ങോട്ടാക്കണം എന്ന് പറയണത് വെറുതെ കാരണം ആ അതാ കാരണം അല്ലേ അതാ കാരണം ഓ സന്തോഷം ഇതുപോലും അറിയാണ്ട് നിങ്ങൾ എന്തിനാ ചെറുപ്പക്കാരനോട് തട്ടി കയറി പറയാൻ കാരണം ഓരോ ആചാരത്തിനും പിന്നിലുള്ള കാര്യകാരണ ബന്ധത്തെ അറിയാതെയാണ് നമ്മൾ പലപ്പോഴും അനുവർത്തിക്കുന്നത് ഈ വിളക്ക് വെക്കുക വിളക്ക് വെക്കുക എന്നുള്ളത് നിത്യ അഗ്നിഹോത്രം ചെയ്ത് കഴിഞ്ഞിരുന്ന സമൂഹത്തിൽ പ്രാതസായം കാലങ്ങളിൽ അഗ്നിഹോത്രമുണ്ടായിരുന്നു അത് ക്രമേണ ലോപിച്ച് ലോപിച്ച് ലോപിച്ച് ലോപിച്ച് ലോപിച്ച് ലോപിച്ച് ഒരു വിളക്ക് വയ്ക്കല്ല ഗൗതി അതെങ്കിലും ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുക അത് ഓരോ പ്രദേശത്തും എങ്ങനെയാണോ അനുവർത്തിച്ചു വരുന്നത് അങ്ങനെ ചെയ്യട്ടെ അഞ്ച് തിരിയാണോടുന്നത് ഇട്ടുള്ളൂ ഏഴാണോ ഒട്ടുള്ളൂ സന്തോഷം ഒന്നാണോ മതി പക്ഷെ ഭാവന ശുദ്ധമാവുക എന്നെയും കുടുംബത്തെയും അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണമേ ഇതായിരിക്കണം വിളക്ക് വെക്കുമ്പോഴുള്ള പ്രാർത്ഥന ഭട്ട് സമുദായക്കാർ പാരമ്പര്യമായി ശൈവാരാധകരായതിനാൽ രസിംഹ ക്ഷേത്രം ഉൾപ്പെടെയുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിൽ പൂജാതി കർമ്മങ്ങൾക്ക് നിയോഗിച്ചാൽ ചൈതന്യക്ഷയം വരുമെന്നൊരു വാദം കേട്ടു ആർക്ക് പട്ടണ എല്ലാവർക്കും ചൈതന്യക്ഷയം വരും ഇപ്പൊ വലിയ ചൈതന്യത്തോടു കൂടി ഇവിടെ സംസാരിച്ചു കുറച്ചു കഴിഞ്ഞാ ചൈതന്യം പോയി എവിടെ ചിദാനന്തപുര സ്വാമി പോയി ഏറെക്കാറ്റ് പോയി എല്ലാവർക്കും ചൈതന്യക്ഷയം സംഭവിക്കും ഇതിൽ ന്യായീകരണമുണ്ടോ ഇതിനോട് ഉദ്ദേശിച്ചത് ക്ഷേത്ര ചൈതന്യം ക്ഷയിക്കുമോ എന്നാണ് സംശയം ഒരാള് ശ്രദ്ധയോടുകൂടി ഒരു ക്ഷേത്ര പൂജ ചെയ്യാൻ തയ്യാറായാൽ അയാൾ പൂജാവിധാനം അറിയുന്ന ആളാണെങ്കിൽ അതിനനുസൃതമായ സാത്വിക ജീവിതക്രമം പരിപാലിക്കുന്ന ആളാണെങ്കിൽ നിശ്ചയമായും അയാൾക്ക് പൂജ ചെയ്യാം അയാൾ ഭട്ടാണോ ഷേണായി ആണോ നായിക്കാണോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഭട്ട് സമുദായക്കാർ പാരമ്പര്യമായി ശൈവാരാധകരാന്നാര അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെ പറയാൻ പറ്റില്ല ഭട്ട് ശെണായി നായിക്ക് ഇങ്ങനെയുള്ള കുറേ സമുദായങ്ങൾ വരുന്നത് ഗൗഡ സാരസ്വത ബ്രാഹ്മണരിൽ അന്തർഭവിച്ചിട്ടാണ് ഗൗഡ സാരസ്വത ബ്രാഹ്മണർക്ക് കുലദേവതയായിട്ട് ശിവൻ മാത്രല്ല വിഷ്ണുവാണ് പ്രധാനം വൈഷ്ണവമാണ് പ്രധാനം പ്രധാനം വൈഷ്ണവമാണ് ഇവരുടെ തേവാരങ്ങളില് വിഷ്ണു പ്രാധാന്യമാണ് സംശയമില്ലാത്ത വിഷയ ഇനി അവരുടെ ഉപാസനയില് ശനായിക്കോട്ടെ പ്രധാനം അതിനെന്താ കുഴപ്പം വ്യക്തിപരമായി അവൻ അറിയണം ശിവനും വിഷ്ണു ഒന്ന് തന്നെ ശൈവൻ പറയുന്ന ശിവനും വൈഷ്ണവും പറയുന്ന വിഷ്ണുവും ശക്തയൻ പറയുന്ന ശക്തിയും സ്കാന്തര് പറയുന്ന സുബ്രഹ്മണ്യനും ഗണപതിര് പറയുന്ന ഗണപതിയും ഒന്നാണ് ഈശ്വരൻ രണ്ടില്ല ഏകനും അദ്വിതീയനുമായ ഈശ്വരൻ്റെ ഭാവങ്ങളാണ് എല്ലാ ദേവതാ ഇത് മനസ്സിലാക്കുക നമ്മൾ ഇനിയും ഈ ശൈവ വൈഷ്ണവാദി ഭേദം ചിന്തിക്കേണ്ടവരല്ല ഈശ്വരൻ ഏകനാണെന്നറിയുക ആ ഏകേശ്വരന്റെ ഭാവങ്ങളാണ് എല്ലാ ദേവതാ ഭേദങ്ങളും എന്നറിയുക ഏകസ്യാത്മനോ അന്യേ ദേവാഹ പ്രത്യങ്കാനി ഭവന്തി എന്ന് നമുക്ക് വേണ്ടി യാസ്ക മഹർഷി പറഞ്ഞു ഒരു പരമാത്മാവിൻ്റെ ഭാവങ്ങളാണ് അംഗങ്ങളാണ് സകല ദേവതകളുമെന്ന് ഇപ്പൊ സകല ദേവതകളാലും ലക്ഷ്യീകരിക്കപ്പെടുന്ന ഈശ്വരൻ ഏക്കനാണെന്ന് അറിയുക അയാൾ സാത്വിക ജീവിതക്രമം പാലിക്കുന്നുണ്ടോ ക്ഷേത്ര പൂജാവിധാനങ്ങൾ അറിയാമോ ഇതേ നോക്കണ്ട ഇവർ ഒന്നും നോക്കേണ്ടതില്ല അങ്ങനെ സാത്വിക ജീവിത ക്രമവും നിഷ്ഠയും പാലിച്ചു കൊണ്ട് ആർക്കും പൂജിക്കാം ഈശ്വര വിശ്വാസിയും സത്കർമ്മങ്ങൾ ചെയ്യുന്നവനുമായ ഒരു യുവാവിനോട് ഈശ്വര വിശ്വാസിയും സത്കർമ്മങ്ങൾ ചെയ്യുന്നവനുമായ ഒരു യുവാവിനോട് അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധു ഇങ്ങനെ പറയുന്നു നീ ദിവസവും രാമായണവും മഹാഭാരതവും വായിക്കണം ഇതിന് മറുപടിയായി യുവാവ് എനിക്കിപ്പോൾ വായിക്കാൻ താത്പര്യം തോന്നുന്നില്ല മനസ്സിന് വായിക്കാൻ തോന്നുമ്പോൾ ഞാൻ വായിച്ചു കൊള്ളാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു വ്യക്തിയെ അടിച്ചേൽപ്പിക്കേണ്ടതുണ്ടോ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം ഒരു യുവാവിനെ സംബന്ധിച്ച് ഇതൊരു വ്യക്തി സ്വാതന്ത്ര്യമല്ലേ സ്വാമിയൊരു അഭിപ്രായം അറിയാൻ ആഗ്രഹിക്കുന്നു യുവാവിനെ സംബന്ധിച്ചല്ല യുവതിയെ സംബന്ധിച്ചല്ല വൃദ്ധനെ സംബന്ധിച്ചല്ല ബാലനെ സംബന്ധിച്ചല്ല എല്ലാവരെ സംബന്ധിച്ചും ഇത് വ്യക്തി സ്വാതന്ത്ര്യമാണ് ഒരനുഷ്ഠാനവും ഒരചാര്യവും ആചാരവും ആർക്കും ആരിലും അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല ഇതാണ് നമ്മുടെ പാരമ്പര്യം ഞങ്ങളുടെ നല്ല ശീലങ്ങൾ എന്തുണ്ടോ ഞങ്ങളുടെ ഏതേത് ശീലങ്ങൾ നല്ലതെന്ന് നീ മനസ്സിലാക്കുന്നുവോ അവയെ നീ ചെയ്തോളൂ അല്ലാത്തവയെ ചെയ്യരുതേ എന്ന് പറഞ്ഞുകൊടുത്ത ഒരു പാരമ്പര്യത്തിന്റെ പിന്മുറക്കാലാണ് നമ്മൾ അവിടെ ഗുരുനാഥൻ്റെ ശീലങ്ങളെ നല്ലതുമല്ലാത്തതും എന്ന് വേർതിരിച്ചു കാണാനും നല്ലതല്ലാത്തതെന്ന് താൻ മനസ്സിലാക്കിയത് അനുഷ്ഠിക്കാതിരിക്കാനും ഉള്ള സ്വാതന്ത്ര്യം ശാസ്ത്രം കൊടുത്തു മറക്കരുത് പിന്നെ പറഞ്ഞതിലൊരു കുഴപ്പമില്ല നീ ദിവസവും രാമായണവും മഹാഭാരതവും വായിക്കണമെന്ന് അടുത്ത ബന്ധു പറഞ്ഞത് നല്ലതാണ് കാരണം അത് വെളിച്ചം കൊടുക്കുന്നതാണ് നന്മയിലേക്ക് നയിക്കുന്നതാണ് ജീവിതത്തെക്കുറിച്ച് വ്യക്തമായൊരു വീക്ഷണം ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് സ്നേഹപൂർവ്വമായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവുക അത് അടിച്ചേൽപ്പിക്കലല്ല നേരെ നീ വായിച്ചില്ലെങ്കിൽ നിനക്ക് ചാപ്പാട് തരില്ല വായിച്ചില്ലെങ്കിൽ നിന്നെ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കല വായിക്കണം എന്ന് ഒരു സ്നേഹപൂർവ്വമുള്ള പറച്ചിലല്ലേ അതിനെന്താ കുഴപ്പം നല്ലതല്ലേ അതൊക്കെ അടിച്ചേൽപ്പിക്കലായിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടോ രാമായണവും മഹാഭാരതവും വായിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടില്ല കച്ചവടക്കാരന് നല്ല കച്ചവടക്കാരനാവും കൃഷിക്കാരൻ നല്ല കൃഷിക്കാരനാവും രാഷ്ട്രീയക്കാരൻ നല്ല രാഷ്ട്രീയക്കാരനാകും ഏത് മേഖലയിലാണോ നമ്മൾ പ്രവർത്തിക്കണോ അതിൽ കൂടുതൽ മികവുറ്റവരാകും അതെങ്ങനെ വായിച്ചു കൊള്ളൂ വേറെ അതുകൊണ്ട് ആ ഒരു സ്നേഹം കൊണ്ടായിരിക്കും ബന്ധു പറഞ്ഞിട്ടുണ്ടാവുക അതടിച്ചേൽപ്പിക്കുക എന്നൊന്നും കരുതണ്ട ആ ഒരു വിശ്വസിക്കുക ബന്ധു പറയാണ് നീ രാമായണം ദിവസം വായിച്ചാലേ വീട്ടിൽ നിന്ന് ചോറ് തെറുള്ളൂ പറഞ്ഞാൽ ശരി സമ്മതിച്ചു അങ്ങനെയാണല്ലോ പറഞ്ഞത് ഏതായാലും ഒരാചരണവും ആരുമാരിലും അടിച്ചേൽപ്പിക്കേണ്ടതല്ല സർവ വേദസാരം എന്ന് നിസ്സംശയം പറയാവുന്ന ഭഗവത്ഗീത മുഴുവൻ ഉപദേശിച്ചു ഭഗവാൻ ലക്ഷണയുക്തമായിട്ട് അവസാനം എന്താ പറഞ്ഞ് വിമൃശ്യതശേഷേണ ഇപ്രകാരം രഹസ്യത്തിൽ വെച്ച് രഹസ്യമായ അറിവിനെ ഞാൻ നിനക്ക് പകർന്നു തന്നു കഴിഞ്ഞു ഇനി വിചാര വിമർശം ചെയ്ത് എന്ത് ആഗ്രഹിക്കണോ അത് ചെയ്തോളൂ അല്ലാണ്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്തോളണം എന്നല്ല ശ്രദ്ധിക്കുക നമ്മുടെ വീടുകളില് കുട്ടികളോട് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെ അവരിൽ അടിച്ചേൽപ്പിക്കാൻ നമ്മൾ ശ്രമിക്കാതിരിക്കുക വാസത്ത് ഞാൻ പറഞ്ഞനുസരിക്കണ്ടേ അതെങ്ങനെയാ അയാളുടെ സ്വാതന്ത്ര്യമില്ലേ നന്മയും തിന്മയും വേർതിരിക്കാനുള്ള ഒരു ആചരണം നമ്മൾ കാണിച്ചു കൊടുക്കുക അതേപോലെ ഏത് കൊച്ചു കുഞ്ഞിനും അയാളുടേതായ വ്യക്തിത്വം ഉണ്ടെന്ന് നമ്മൾ അംഗീകരിക്കുക പലപ്പോഴും അനുസരിപ്പിക്കാൻ ശ്രമിക്കുന്നവരാ വലിയ പ്രശ്നം ഉണ്ടാക്കണം മുതിർന്നവരെല്ലാം കുട്ടികളോട് പറയാറുണ്ട് നീ ഇന്ന പ്രവൃത്തി ചെയ്താൽ സ്വർഗത്തിൽ പോകും അല്ലെങ്കിൽ നരകത്തിൽ പോയി മുതിർന്നവരെല്ലാം പറയണമെന്നില്ല മുതിർന്നവരും ചിലർ പറയുന്നുണ്ട് അത്രേയുള്ളൂ മുതിർന്നവരെല്ലാം പറയേണ്ടത് പറഞ്ഞാൽ എല്ലാ മുതിർന്നവരും പറയുന്നുണ്ടെന്നർത്ഥാവും അങ്ങനെ ഇല്ല മുതിർന്ന പലരും പറയാറുണ്ട് അല്ലെങ്കിൽ മുതിർന്ന ചിലർ പറയാറുണ്ടെന്നേ പറയാൻ പാടുള്ളൂ എല്ലാവരും പറയരുത് എന്താ ഇന്ന പ്രവൃത്തി ചെയ്താൽ സ്വർഗത്തിൽ പോകും അല്ലെങ്കിൽ നരകത്തിൽ പോകും യഥാർത്ഥത്തിൽ സ്വർഗവും നരകവും എവിടെയാണ് സ്ഥിതി ചെയ്യണത് അത് പറയുന്നവരോട് ചോദിക്കണം ശ്രീദാനന്ദപുരസ്വാമിയോട് ചോദിച്ചിട്ട് കാര്യമില്ല ഇന്ന് ചെയ്താൽ നീ സ്വർഗത്തിൽ പോവും ഇന്നത് ചെയ്താൽ നീ നരകത്തിൽ പോകും ആരാണോ പറയണത് അവരോട് ചോദിക്കേണ്ടതാണ് നമ്മളോട് കാര്യം നമ്മൾ നീ സ്വർഗം പറയുന്നില്ല നരകവും പറയുന്നില്ല ദിവസം ഇവിടെ സംസാരിച്ചു ഇന്നിപ്പ നാലാം ദിവസമായി ഇത് ഒരു ഒറ്റ പ്രാവശ്യമെങ്കിലും ഇതൊക്കെ ചെയ്താൽ നിങ്ങൾ സ്വർഗത്തിലെത്തുന്നു പോരട്ടുണ്ടോ എന്ത് സ്വർഗം പോട്ടെ ആർക്ക് വേണം സ്വർഗം സ്വർഗത്തിലെത്തി എന്ത് കാര്യം ചെറുകം പിടിച്ചുകൊണ്ട് തരാ പറഞ്ഞാലും ബുദ്ധിയുള്ള പറയണം വേണ്ട സ്വർഗരാജ്യം നിനക്കുള്ളതാകുന്നു എനിക്ക് വേണ്ട അങ്ങനെ എടുത്തോളൂന്ന് പറയണം കാരണം പൊല്ലാപ്പാണ് അത് സുഖഭോഗങ്ങളുടെ മേഖലയാണ് വെറും ഭൗതിക ഭോഗങ്ങൾ ഇന്ദ്രിയ ഭോഗങ്ങൾ മറ്റൊന്നുമില്ല അവിടെ ഇഷ്ടം പോലെ കുടിക്കാനും തിന്നാനും ഇത്രേ ഉള്ളൂ വെറുതെ തള്ളത് അപ്സരസുകൾ ഗന്ധർവന്മാർ ഇതൊക്കെ പടിയില്ലേ ഇഷ്ടംപോലെ നല്ല മദ്യം ഇഷ്ടം പോലെ കിട്ടും അത് എന്നെ ചെയ്ത പുണ്യത്തിനനുസരിച്ച് പല പ്രകാരം കിട്ടും ഇത്രയൊക്കെ ഉള്ളു ഇനിപ്പോ അങ്ങോട്ട് പോണപ്പടല്ലേ സ്വർഗവും നരകവും ഒക്കെ പറഞ്ഞാളിക്കട്ടെ അത് എപ്പോഴാണ് നേരാന് വേണം ജീവിക്കുക മരിച്ചതിന് ശേഷം സ്വർഗത്തിൽ പോയാലും നരകത്തിൽ പോയാലും നാം അറിയുന്നില്ല പിന്നെ എന്തിനാണ് ഭയക്കുന്നത് അതൊരു ചോദ്യമാണ് മരിച്ചതിന് ശേഷം സ്വർഗത്തിലാ സ്വർഗത്തിൽ പോട്ട് നരകത്തിലാ നരകത്തിൽ പോട്ട് ഇപ്പടെ നരകം മതി പൊതുവെ ലോകത്തിൽ കാണാത്ത സ്വർഗത്തെ പറ്റി പറഞ്ഞിട്ട് കാണുന്ന ഭൂമിയെ നരകമാക്കുകയാണ് മനുഷ്യർ ഏത് രാജ്യമാണ് ഒഴുക എല്ലായിടത്തും രക്തപ്പുഴകൾ ഒഴുകുകയാണ് മതത്തിന്റെ പേരിൽ ഏവന്മാരൊക്കെ പറയുന്നത് സ്വർഗമാണ് കാണാത്ത സ്വർഗത്തെ പറ്റി പറഞ്ഞ് കാണുന്ന ഭൂമിയെ നരകമാക്കുന്നു ചിന്തിക്കുക ആണ് അതവിടെ ഇരിക്കട്ടെ നമുക്കതിൽ അശേഷം താല്പര്യമില്ല ഈ പറഞ്ഞത് കൊണ്ട് പുരാണങ്ങളിൽ അന്ന് സ്വർഗനരകങ്ങൾ പറഞ്ഞിട്ടില്ല എന്നൊന്നും അർത്ഥമില്ല പല ജാതി സ്വർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് പല ജാതി നരകങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു ജാതിയൊന്നും അല്ല പല ജാതിയുണ്ട് അതൊക്കെ നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റിയാതൊക്കെ നോക്കിക്കഴിഞ്ഞാല് സ്വർഗവും നരകവും തേടി വേറെ എവിടെയും പോണ്ട നമ്മളെ ചുറ്റുപാട് കൂടി ഇപ്പൊ നടന്ന നോക്കിയാ മതി മനസ്സിലാവും സ്വാമിയുടെ അഭിപ്രായം എന്താണെന്ന് അറി അറിയിച്ചാലും ശരി സന്തോഷം ശ്രീകൃഷ്ണനാണല്ലോ അർജുനന് ഗീത ഉപദേശിച്ചത് അതെ അത്രയും മഹാനായ കൃഷ്ണന് ഷോടശകർമ്മങ്ങളെ കുറിച്ചൊക്കെ നല്ല അറിവുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും ഉണ്ടാവണം ഉണ്ടാവേണ്ടതാണ് ഉണ്ടാവേണ്ടതാണ് അത്രേ പറയാൻ പറ്റൂ ഉണ്ട് പറയാൻ വയ്യ ഉണ്ടാവേണ്ടതാണ് എന്നിട്ടും സാമ്പനെ പോലുള്ള മക്കൻ അദ്ദേഹത്തിന് ജനിച്ചതെങ്ങനെ അതൊരു ചോദ്യമാണ് ഇവിടെ എങ്ങനെയാ ഇപ്പൊ സാമ്പാർ പോലുള്ള മകൻ ജനിച്ചത് പൊതുവെ നമുക്ക് പറയാൻ കഴിയുന്നത് ഒന്ന് സംസ്കാരത്തെ ക്രിയകളെ നമ്മൾ ചെയ്തത് കൊണ്ട് സ്ഥലസന്ധാനമായിരിക്കുമെന്ന് ഉറപ്പ് ആർക്കും പറയാൻ പറ്റില്ല ഒരു സാധ്യത അത്രയേ ഉള്ളൂ നമ്മളൊരാളെ വിളിക്കുന്നു വിളിച്ച് വരുമ്പോൾ അയാളെ സ്വീകരിക്കാനുള്ള സന്നാഹങ്ങളൊരുക്കുന്നു കടിച്ചു വാരി തളിച്ച് വൃത്തിയാക്കി വയ്ക്കുന്നു അയാൾക്ക് കൊടുക്കാനുള്ള സാമഗ്രികളൊക്കെ ഒരുക്കി വെക്കുന്നു ഇതുകൊണ്ട് മാത്രം വിളിച്ചാൾ വന്നോളൊന്നുമില്ല വരാൻ സാധ്യത കൂടുതലാണ് അത്രയേ ഉള്ളൂ അതിൽ കവിഞ്ഞ് ഉറപ്പൊന്നും പറയാൻ ആർക്കും കഴിയില്ല ഒരു സാധ്യത പറയാം അത്രയേ ഉള്ളൂ ഇതാണ് സത്യം അപ്പം നമ്മൾ വിളിക്കുക വരികയാണെങ്കിൽ നല്ല സാഹചര്യം ഒരുക്കി വയ്ക്കുക നമുക്ക് സാധിക്കൂ വരാം വരാതിരിക്കാം രണ്ട് കൃഷിനൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ആര് കണ്ടു അത് കൃഷ്ണനോട് തന്നെ ചോദിക്കേണ്ട വിഷയാണ് ഭഗവാൻ ഈ സംസ്കാരങ്ങളൊക്കെ അങ്ങ് ചെയ്തിരുന്നോ എന്താ എന്നുള്ളത് നമുക്കറിയില്ല കൃഷ്ണൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഇതിനൊക്കെ ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ സംസ്കാരങ്ങളും ചെയ്ത് നല്ല ഒരു ഒരാളെ വളർത്തിക്കൊണ്ടു വന്നാലും സാഹചര്യ സമ്മർദ്ദങ്ങളിൽ പെട്ടുപോയി കഴിഞ്ഞാൽ മദ്യപാനം തുടങ്ങിയവയിൽ പെട്ടാൽ ദുഷിച്ച കൂട്ടുകെട്ടിൽ പെട്ടാൽ ആരായാലും ദുഷിച്ചു പോകും മദ്യപാനം ദുസ്സംഗം ഇവയിൽ പെട്ടുകഴിഞ്ഞാൽ ഇന്നലെ വരെ എത്ര നല്ല സംസ്കാരം ഉണ്ടായിരുന്നോ പറയേണ്ട കാര്യമൊന്നുമില്ല പെട്ടത് തന്നെയാ അപ്പോ പല ദുർവൃത്തിയും ചെയ്യുന്നവരായി തീർന്നു മഹാത്മാക്കളെ പരിഹസിക്കുന്നവരായി തീർന്നു കുടിച്ച് തമ്മ തല്ലി ചാവുന്നതിന് നേതൃത്വം കൊടുക്കുന്നവരായി തീർന്നു ശ്രദ്ധിക്കുക ഇതെല്ലാം കണ്ടിട്ട് ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു മക്കളും മക്കളെ മക്കളും തമ്മ തല്ലി ചാത്ത ഒടുങ്ങുമ്പോഴും ആ പുഞ്ചിരിക്കൊരു കോട്ടം ഉണ്ടായിട്ടില്ല ശ്രദ്ധിക്കുക ഏതായാലും നല്ല ചോദ്യമാണത് നന്നായി ഇഷ്ടപ്പെട്ട ചോദ്യം ഗുരുവിന്റെ ഉപദേശമില്ലാതെ വേദമന്ത്രങ്ങൾ നിത്യം ജപിക്കുന്നത് ദോഷമാണോ ഏതെല്ലാം സമയങ്ങളിലാണ് ഗായത്രി തുടങ്ങിയ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഒഴിവാക്കേണ്ടത് വേദമന്ത്രങ്ങൾ ജപാർത്ഥം മനനാർത്ഥം ക്രിയാർത്ഥം അങ്ങനെ വിഭജിക്കാം നമുക്ക് ക്രിയാർത്ഥമുള്ള മന്ത്രങ്ങൾ വെച്ചാൽ യജ്ഞങ്ങളിൽ യാഗങ്ങളിൽ വിനിയോഗിക്കേണ്ടുന്ന മന്ത്രങ്ങൾ അവയുടെ വിനിയോഗം അതാണ് മനനാർത്ഥമുള്ള മന്ത്രങ്ങൾ അത് അർത്ഥമനം ചെയ്യുന്നതിനാണ് ജപാർത്ഥം ചിലത് ജപിക്കാനുള്ളതാണ് മഹാവാക്യങ്ങളൊക്കെ മനനാർത്ഥമാണ് അത് ഹോമത്തിനോ പൂജയ്ക്കോ കർമ്മത്തിനോ അല്ല ജപത്തിനുമല്ല മനനാർത്ഥമാണ് എന്നാൽ ജപത്തിനുള്ള ചില മന്ത്രങ്ങളുണ്ട് അത് ജപിക്കാൻ തന്നെ ഇനി ക്രിയയിലുപയോഗിക്കേണ്ടുന്ന മന്ത്രങ്ങൾ സ്വാഹ ഇത്യാദി ചേർത്തുകൊണ്ട് ഹവിരർപ്പണത്തിനോ വിനിയോഗിക്കുന്ന മന്ത്രങ്ങൾ ഇതിൽ ഏത് മന്ത്രമായാലും അത് ഗുരുവിൽ നിന്ന് ലഭിക്കുമ്പോഴേ ശരിയായി ഗ്രഹിക്കാൻ പറ്റൂ ആചാര്യദേവ വിദ്യാ വിദിത സാധിഷ്ടം പ്രാപതം ആചാര്യനിൽ നിന്ന് അറിയുന്ന വിദ്യ മാത്രമേ ഉറക്കൂ അതുകൊണ്ട് ഗുരുവിൽ നിന്നാണ് നേടേണ്ടത് എങ്കിൽ തന്നെയും പറയട്ടെ വളരെ ശ്രദ്ധയോടുകൂടി ഗ്രന്ഥങ്ങൾ പഠിക്കുകയും ആ ഗ്രന്ഥങ്ങൾ ലോകത്തിനുപദേശ തന്നെ ഗുരുനാഥൻ എന്ന ഭാവനയോടുകൂടി പഠിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് മനനാർത്ഥമുള്ള മന്ത്രങ്ങളെ ക്രിയാർത്ഥമുള്ള മന്ത്രങ്ങളെ പഠിക്കാം അനുഷ്ഠാനത്തിൽ വരുത്താം ഇപ്പം ജപാർത്ഥമുള്ള മന്ത്രങ്ങളൊന്ന് ചോദ്യം പ്രത്യേകിച്ച് ബീജാക്ഷരങ്ങളുള്ള മന്ത്രങ്ങൾ ഋഷി ഛന്ദസ് ദേവത ഇവയെ സ്മരിക്കുകയും ന്യസിക്കുകയും ഒക്കെ വേണ്ടുന്ന മന്ത്രങ്ങൾ എന്നുപറഞ്ഞ പറയാം ബീജാക്ഷരങ്ങളുള്ള മന്ത്രങ്ങൾ അതുപോലെ ഋഷി ഛന്ദസ് ദേവത ഇവയെ സ്മരിക്കുകയും ന്യസിക്കുകയും ചെയ്യേണ്ടുന്ന മന്ത്രങ്ങൾ ഇതൊക്കെ ഗുരുനാഥനിൽ നിന്ന് സ്വീകരിച്ചനുഷ്ഠിക്കുന്നതാണ് നല്ലത് അതെ അല്ലാത്തത് നിർബന്ധമില്ല ഒരു ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ കൂട്ടമായി ജപിക്കുന്നു വേദമന്ത്രമൊന്നും പറയാൻ പോണത് വേദത്തിലുള്ള മന്ത്രമല്ല ഇനി പറയാൻ പോണതെങ്കിലും അവിടെ ജപം കേട്ടത് ഓം ഖ്രീം നമശിവായെ ഗംഭീരായിട്ട് എന്താ എന്താ നിങ്ങൾ ചൊല്ലണത് അത് നല്ല മന്ത്രാണ് ഞാനിവിടെ ചൊല്ലിപ്പോരുന്ന മന്ത്രം സന്തോഷം നറ്റണം നിങ്ങളുടെ അവിടെ ബീജാക്ഷരം വികലമായി ഉച്ഛരിക്കുന്നു വളരെ അപകടകരമായിട്ടും ഉച്ചരിക്കരുതാത്ത രീതിയിൽ ഉച്ചരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അതൊരു ഗുരുപദേശം വഴിക്കല്ലാതെ ചെയ്യുന്നത് കൊണ്ട് അതുകൊണ്ട് ബീജാക്ഷരങ്ങളുള്ളവ ഋഷി ഛന്ദസ് ദേവതയെ സ്മരിക്കുകയും ന്യസിക്കുകയും ചെയ്യേണ്ടവ ഗുരുനാഥനെ സ്വീകരിച്ചിട്ട് വേണം ഏതെല്ലാം സമയങ്ങളിലാണ് ഗായത്രി തുടങ്ങിയ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഒഴിവാക്കേണ്ടത് അത് ഗുരുവിൻ്റെ അടുന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം വരുവോ ദന്യ ഗുരുനാഥൻ്റെ അടുന്ന് വിട്ടണമെന്ന് പറയണത് ആ അപ്പൊ ഗുരുനാഥൻ പറഞ്ഞു കൊടുക്കും നന്ന സമയത്ത് ചെയ്യണം അപ്പൊ സംശയം ചോദിക്കാം എന്ന സമയത്ത് ചെയ്തുകൂടെ എന്ന് അപ്പം വ്യക്തമാവും അതൊക്കെ ഗുരുപദേശം വഴിയാണ് വേണ്ടത് ഗായത്രി തുടങ്ങിയ മന്ത്രങ്ങൾ എപ്പോഴും ജപിക്കാം സമയപ്പറ്റത്തില്ല സൂര്യനുള്ളപ്പോഴേ പറ്റുള്ളൂ ഉദയ സന്ദർഭത്തിലും അസ്തമയ സന്ദർഭത്തിലും യഥാക്രമം കിഴക്കോട്ട് നോക്കിയിട്ടും പടിഞ്ഞാട്ട് നോക്കിയിട്ടുമാണ് ഗായത്രി ജപിക്കേണ്ടത് ശരിയാണ് ഗായത്രിയിൽ നമ്മൾ സവിതാദേവതയെ കാണുന്നുവെങ്കിൽ ആ സവിതാവിനെ സൂര്യനായി മനസ്സിലാക്കുന്നുവെങ്കിൽ സൂര്യമണ്ഡലസ്ഥനായ നാരായണൻ സൂര്യനാരായണൻ രക്ഷീകരിക്കുന്നുവെങ്കിൽ കിഴക്കോട്ട് നോക്കി പ്രഭാതത്തിലും പടിഞ്ഞാട്ട് നോക്കി സായങ്കാലത്തും ജപിക്കണം ശരിയാണ് എന്നാൽ ഗായത്രിയിൽ സവിതാവിൻ്റെ അർത്ഥം സൂര്യൻ എന്ന് മാത്രമൊന്നുമല്ല ഏത് ഭാവനയിലാണോ ആ ഭാവനയിലാണ് അതാണ് മന്ത്രം സവിതാവ് പരമാത്മാ പരമേശ്വരൻ എന്നർത്ഥം സർവപ്രാണികളെയും പ്രസവിക്കുന്നതാരോ എല്ലാ പ്രാണികളും എല്ലാ ജീവജാലങ്ങളും ഏതൊരടിസ്ഥാന തത്വത്തിൽ നിന്നാണോ ആവിർഭവിക്കുന്നത് ആ പരമസത്യത്തെയാണ് സവിതൃശബ്ദം കൊണ്ട് പറയുന്നത് അപ്പൊ സവിതാവ് എന്നുള്ളതിന് സൂര്യൻ എന്ന് മാത്രമല്ല പരമാത്മാ പരമേശ്വരൻ എന്നർത്ഥം അങ്ങനെ പരമാത്മാപരമായ അർത്ഥം മനസ്സിലാക്കുമ്പോൾ എപ്പോഴും ജപിക്കാം എപ്പോഴും ജപിക്കാം കേവലം സൂര്യപരമായി മാത്രമാണോ എങ്കിൽ ആദ്യം പറഞ്ഞ പോലെ ഭാതത്തിലും സ്വയം സന്ധിയിലും ജപിക്കാം എപ്പോഴൊക്കെ ജപം ഒഴിവാക്കണം വല്ലാത്ത ചോദ്യമാണ് ഇപ്പം എനിക്ക് ഗായത്രിയെപ്പോലൊരു മന്ത്രം ജപിക്കാൻ പറ്റില്ല എന്നൊരു തോന്നൽ അവനവൻ ഉണ്ടെങ്കിൽ ഒഴിവാക്കണ നല്ലത് മനസ്സിലായി തന്നെയായിരിക്കുക എന്തെങ്കിലും ചില അശുദ്ധികൾ തന്നിൽ സ്വയം കൽപ്പിക്കുന്നു ഒഴിവാക്കുന്നതാണ് നല്ലത് മരണവീട്ടിൽ പോയി വന്നാൽ സാധാരണയായി കുളിക്കുന്ന ഒരു സംസ്കാരം പൊതുവെ ഹിന്ദു സമൂഹത്തിനുണ്ട് നല്ലതാ വളരെ നല്ല ശീലമാണത് മരണവീട്ടിൽ പോയി വന്നാൽ കുളിച്ചാൽ മാത്രം പോരാ അണുനാശകമായിരിക്കുന്ന ദ്രവ്യങ്ങളെ കൊണ്ട് കുളിക്കണം എന്നാ പഴമക്കാർ പറയുക നല്ല ആൻറ്റിസെപ്റ്റിക് ആയിട്ടുള്ള വസ്തുക്കളെ കൊണ്ട് കുളിക്കണം പണ്ട് കാലത്ത് ഏറ്റവും നല്ല അണുനാശകമായിട്ട് പറയുന്നത് ഗോമയവും ഗോമൂത്രവുമാണ് ഗോമയം ചാണകം ചാണകം തേച്ച് ഗോമൂത്രം കൊണ്ട് ഒക്കെ കുളിക്കുക തേച്ചിട്ട് എന്താ പറയുക ഇന്നല്ലാട്ടോ ഇന്നിപ്പോൾ ഗോമയം എന്ന സാധനം നാട്ടിലില്ല ഗോമലമാണ് ചാണകം എന്ന് പറഞ്ഞാൽ ഗോമലം കാരണം അതിന് കൊടുക്കുന്ന ചാപ്പാട് അങ്ങനെയാണ് നല്ല പുല്ല് തന്നെ ജീവിക്കുന്ന പശു അതിൻ്റെ ജാണകമാണ് ഗോമയം ഇന്നിപ്പോൾ പശു എന്തൊക്കെയാണ് കഴിക്കണതെന്ന് ആര് കണ്ടു ഭഗവാനെന്തൊക്കെയാണ് കൊടുക്കണത് പാലുല്പാദക യന്ത്രങ്ങളാണിന്ന് ഇന്ന് പശുക്കളൊന്നുമില്ല നാട്ടിൽ ഒക്കെ പാലുൽപാദക യന്ത്രങ്ങൾ ഓരോന്നെ കണ്ടാൽ തന്നെ പേടിയാവും പശുവിനെ കാണുമ്പോൾ ഉള്ള യാതൊരു ഓമനത്തോ ഇല്ല എന്തോ എൻ്റെ തീറ്റ എന്തൊക്കെയാണ് കൊടുക്കണമെന്ന് അറിയില്ല മാംസടക്കം കൊടുക്കണുണ്ട് മത്സ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ കൊടുക്കുന്നുണ്ട് പല രാസവസ്തുക്കൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ചാണകം അത്യപകടം ദുർഗന്ധമാണ് അതൊക്കെ അണുവർദ്ധകമാണ് അണുനാശകമല്ല അതുപോലെ തന്നെയാണ് അങ്ങനെയുള്ളതിൻ്റെ ഗോമൂത്രവും എന്നാൽ ശരിയായ പശുവിൻ്റെ ശരിയായ തീറ്റുതന്നു വളരുന്ന പശുവിൻ്റെ ചാണകവും ഗോമൂത്രവും അണുനാശകമാണ് ശരി അങ്ങനെ അണുനാശകം കൊണ്ട് കുളിക്കണം അതാ ശരി ക്ഷേത്രങ്ങളുമായി ഇടപെടുന്ന ആളുകളാണെങ്കിൽ പ്രത്യേകിച്ചും മരണ പോകുമ്പോൾ ഉപയോഗിച്ച വസ്ത്രങ്ങളും അടിവസ്ത്രങ്ങളും വരെ വീട്ടിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതിനുമ്പോൾ അലക്കിയിടണം തീർച്ചയായിട്ടും നല്ലതാണത് നല്ല ശീലമാണ് പക്ഷേ പൈസ മൊബൈൽ ഫോൺ വിലപിടിപ്പുള്ള മറ്റു കടലാസുകളും സാധനങ്ങളും അതേപടി മാറ്റിവച്ച് കുളി കഴിഞ്ഞ ശേഷം അതുതന്നെ ഉപയോഗിക്കുന്നു മൊബൈലും കുളിപ്പിച്ചോട വിട്ട് പോവാൻ ആര് പറഞ്ഞു വീട്ടിന്റെ പുറത്ത് മാറ്റി വെച്ചുകൂടെ ഇവിടെയൊക്കെ ഒരു ഗ്രാഹ്യത്യാജ്യ വിവേചനം വേണം ഒരാചരണം എന്തിനും പറഞ്ഞു എന്ന് മനസ്സിലാക്കിയാ മതി മരിച്ച വീട്ടിൽ ക്ഷവം കിടക്കണ വീട്ടിൽ പ്രത്യേകിച്ചും എന്ത് കാരണം കൊണ്ടാണ് അയാൾ മരിച്ചതെന്നറിയില്ല മരണം നടന്ന സമ്പൂർണ കോശമരണം സംഭവിക്കാൻ ആറു മണിക്കൂർ വരെ സമയം പിടിക്കും ഒരു വ്യക്തിയുടെ സമ്പൂർണ കോശമരണം സംഭവിക്കാൻ ആറു മണിക്കൂർ വരെ സമയം ഒരു മൂന്ന് മണിക്കൂറിനും മണിക്കൂറിനും ഇടയ്ക്കാണ് സമ്പൂർണ്ണ കോശമരണം സംഭവിക്കുന്നത് ഉടനെ ദഹിപ്പിച്ചേക്കണം എന്ന വിധി അതിനുമുമ്പ് ദഹിപ്പിക്കണം മൂന്ന് മണിക്കൂറുകൊണ്ട് ദഹിപ്പിച്ചാൽ ഉത്തമം ആറ് മണിക്കൂറുകൊണ്ട് ദഹിപ്പിച്ചാൽ മധ്യമം എന്നാണ് കണക്ക് അങ്ങനെ വരുമ്പോ ഈ രോഗാണുക്കൾ വ്യാപിക്കും പ്രസരിക്കും രോഗാണുക്കളുടെ പ്രസരണ ഉണ്ടാവും ഈ രോഗാണുക്കളുടെ പ്രസരണം മാനിച്ചിട്ടാണ് പറഞ്ഞത് അശുദ്ധത മാനിച്ചിട്ടാണ് പറഞ്ഞത് രോഗ പകർച്ചയ്ക്ക് താൻ ഹേതുവാകരുതെന്ന് വിചാരിച്ചിട്ടാ പറഞ്ഞത് അണുനാശകം കൊണ്ട് വിളിക്കണം അല്ലാണ്ട് അത് വേറൊന്നും അല്ല അതിൽ യാതൊരു അബദ്ധവിശ്വാസവും ഇല്ല അത് നല്ലതാ സാധാരണഗതിയിൽ എല്ലാ രോഗങ്ങളുടെയും പറയുന്നില്ല മിക്കവാറും പകർച്ചവ്യാധികളുടെ ഒരു ജസ്റ്റേഷൻ കാലയളവ് ഒരു ഒരു പകർച്ചയ്ക്കുള്ള കാലയളവ് സാധാരണഗതിയിലേറെ രോഗങ്ങൾക്കും രണ്ടാഴ്ച കാലമാ പറയുക മിക്കവാറും പകർച്ചവ്യാധികൾക്ക് രണ്ടാഴ്ച അതുകൊണ്ട് അത്രയും കാലം ആ വീടുമായി ബന്ധം പുറമേ പുലർത്തുമ്പോൾ ഈ പറഞ്ഞ ശുദ്ധതയൊക്കെ നല്ലപോലെ പാലിക്കുക കുളി തുടങ്ങിയവ നല്ലതാണ് ഇനി അതുകൊണ്ട് മൊബൈലൊന്നും ആരും കുളിപ്പിക്കണ്ട ഇതുമായി ബന്ധപ്പെട്ട് സ്വാമിയുടെ അഭിപ്രായം കേൾക്കാൻ താല്പര്യം എന്തായാലും പാലിക്കണത് നല്ലതെന്നാണ് അഭിപ്രായം മരണശേഷം ജീവാത്മാവ് പരമമായ സത്യത്തിൽ പരമാത്മാവിൽ ലയിക്കുകയാണെന്ന് അറിയാൻ കഴിഞ്ഞു ഭഗവാനെ ഉപ്പ് വെള്ളത്തിൽ ലയിക്കണ പോലെയാ അങ്ങനെ ലയിക്കലൊന്നുമില്ല പരമാത്മാവിൽ അങ്ങോട്ട് ലയിക്കുക അതൊക്കെ അത് വിശിഷ്ട ദ്വീവികൾ പറയുന്ന സിദ്ധാന്തമാണ് നമുക്കത് സ്വീകാര്യമല്ല വിശിഷ്ട ദ്വൈതത്തിലാണ് അങ്ങനെ പറയുന്നത് അതായത് ഈശ്വരൻ്റെ പരമാത്മാവിൻ്റെ അംശങ്ങളാണ് ജീവങ്ങൾ ഏതിൽ അംശമായി വന്നുവോ അതിലേക്ക് അംശിയിലേക്ക് ലയിക്കും അതാണ് മുക്തി നമുക്ക് സ്വീകാര്യമല്ല അങ്ങനെ അംശഭേദം ഈശ്വരനിൽ കൽപ്പിച്ചാൽ ഈശ്വരൻ അഖണ്ഡ സ്വരൂപനാവില്ല ഖണ്ഡിതനാകും ഖണ്ഡിതനാകുമ്പോൾ നിത്യനാവില്ല ശാസ്ത്രത്തിൽ പറഞ്ഞ നിത്യത്വം അഖണ്ഡത്വം തുടങ്ങിയ സകല ലക്ഷണങ്ങളും ഈശ്വരനിൽ ഇല്ലാതാവും അത് നമ്മൾ സ്വീകരിക്കുന്നില്ല ഈശ്വരസ്വരൂപമാണ് എല്ലാരും ജീവൻ ജഗത്ത് ഈശ്വരൻ എന്നെല്ലാം നമ്മൾ വേർപെടുത്തി പറയുന്നത് സ്വരൂപതയ ഏകമാണ് അദ്വിതീയമാണ് ഒരു ഭേദവും ഇല്ല അപ്പോ മരണശേഷം ജീവാത്മാവ് പരമമായ സത്യത്തിൽ ലയിക്കുകയാണെന്ന് അറിയാൻ കഴിഞ്ഞു ഏയ് മരണശേഷം ഓരോ വ്യക്തിയുടെയും സംസ്കാരം എന്താണോ ആ സംസ്കാരം അനുസരിച്ച് പുനർജനിക്കും യോനിമന്യേ പ്രപത്തെ ശരീരേനേനു സംയന്തിഥതം ഉപനിഷത്തിൽ പറയുകയാണ് അന്യേ ചിലർ യോനിം പ്രപത്യന് യോനിയെ ജന്മസ്ഥാനത്തെ പ്രാപിക്കുന്നു എന്തിന് ശരീരത്വമായ ശരീരഭാവമായ ശരീര സ്വീകരണത്തിനായിക്കൊണ്ട് അന്യെ വേറെ ചിലർ സ്ഥാണും സ്ഥാവരഭാവത്തെ പ്രാപിക്കുന്ന വൃക്ഷം തുടങ്ങിയ സ്ഥാവരഭാവത്തെ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായത് ചിലർ മനുഷ്യനാവുക ചിലർ മരമാവുക എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാകർമ്മ യഥാശ്രുതം എങ്ങനെ ലോകത്തിൽ കർമ്മങ്ങളെ ചെയ്ത് സംസ്കാരമാർജിച്ചുവോ എങ്ങനെ ശാസ്ത്രാദിശ്രവണം ചെയ്ത് സംസ്കാരമാർജിച്ചുവോ അവനവനിൽ ആർജിച്ച സംസ്കാരത്തിനനുസരിച്ചാണ് ഈ മരണാനന്തരഗതി അതുകൊണ്ട് മരിച്ചാൽ സംസ്കാരമനുസരിച്ച് പുനർജനിക്കും എന്ന് പറയുന്നതാണ് യുക്തം അങ്ങനെയാണെങ്കിൽ ഐ അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിനോട് യോജിപ്പില്ല നമുക്ക് പിന്തിനെങ്കിൽ വായിക്കണത് അങ്ങനെയല്ല എന്നാലും ഒന്ന് വായിക്കുക മരണശേഷം ശരീരത്തിൽ നിന്നും വേർപെടുന്ന ആത്മാവിന് ഏകമായ അസ്തിത്വം ഇല്ല എന്നറിയുന്നു ഏകമായ അസ്തിത്വം ഇല്ല അനേകമായ അസ്തിത്വം ഇല്ല ഈശ്വരത്വം ഏകമദ്യം മരിക്കണതിനു മുമ്പും മരിച്ചപ്പോഴും പുനർജനിക്കുമ്പോഴും ഒക്കെ സത്യം ഒന്ന് തന്നെ പിന്നെ ഏതാത്മാവിനെ തൃപ്തിപ്പെടുത്താനാണ് നമ്മൾ ചെയ്യുന്ന ബലി കർമ്മങ്ങളും ചടങ്ങുകളും ഇത്തരം കർമ്മങ്ങൾക്ക് എന്തെങ്കിലും ശാസ്ത്രീയ അടിത്തറയുണ്ടോയെന്ന് മനസ്സിലാക്കി തരണം അതും ഇതും കൂട്ടി ഘടിപ്പിക്കാൻ വയ്യാത്തതാണ് പിതൃ കർമ്മങ്ങൾ നിശ്ചയമായും ചെയ്യപ്പെടേണ്ടതാണ് അത് വ്യക്തിയുടെ കർത്തവ്യമാണ് പഞ്ചമഹായജ്ഞങ്ങൾ അവനവൻ്റെ കർത്തവ്യമാണ് ഓരോ തലമുറയും ഓരോ തലമുറയും ഇവയെ ചെയ്യുമ്പോഴാണ് അടുത്ത തലമുറ കണ്ട് കണ്ട് ശീലിക്കുന്നത് അപ്പോൾ സ്വകർത്തവ്യമെന്നറിഞ്ഞ് പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്യണം അതിൽ അന്തർഭവിച്ചതാണ് പിതൃയജ്ഞം പിതൃയജ്ഞം ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ സ്നേഹാദരവുകളോടെ ശുശ്രൂഷിക്കുന്നതും മരിച്ചവരെ സംബന്ധിച്ച് ശ്രാദ്ധകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതുമാണ് ഇത് രണ്ടും സ്വന്തം കർത്തവ്യം എന്നറിയണം രണ്ട് പിതൃയജ്ഞം ചെയ്യുമ്പോൾ അത് ഏതെങ്കിലും ഒരു ജീവന ഉദ്ദേശമാണെന്ന് വിചാരിക്കരുത് മരിച്ചതിനെ തുടർന്ന് ചെയ്യുന്ന പ പതിനാറ് അത് ശ്മശാനകർമ്മം നടന്ന ദിവസം പ്ലസ് പത്ത് പ്ലസ് തീരുന്ന ദിവസം എന്നിങ്ങനെ പതിനൊന്ന് ദിവസത്തിൽ ഒതുക്കാം ഇവ മാത്രമാണ് ഏകോദ്ദിഷ്ട ശ്രാദ്ധം ഒരു ജീവനെ ലക്ഷ്യീകരിച്ചു കൊണ്ട് ചെയ്യുന്നത് ബാക്കി നമ്മൾ ചെയ്യുന്ന എല്ലാ ശ്രാദ്ധങ്ങളും ബഹുദ്ദിഷ്ടമാണ് പിതൃലോകവാസികളായ സർവർക്കുമായി ഞാനിതാ സമർപ്പിക്കുന്നു പിതൃ തർപ്പയാമി പിതൃഗണാൻ തർപ്പയാമി പിതൃക്കൾക്കും പിതൃഗണങ്ങൾക്കുമാണ് അത് ഏതെങ്കിലും ഒരു വ്യക്തിക്കല്ല ഒരാളെ സങ്കല്പിച്ചിട്ടല്ല സമ്പൂർണ്ണ പിതൃലോകവാസികളെയും സങ്കല്പിച്ചു കൊണ്ടാണെന്ന് അറിയുക അത് സ്വകർത്തവ്യമാണെന്ന ഭാവനയോടുകൂടി ചെയ്യണം അത് ശരി തൽക്കാലം നമുക്ക് ഉപസംഹരിക്കാം നാളെ തുടരാം ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദോ മഹേശ്വര ഗുരുസക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ